ൂഹാണോ ആനമ്മൂടെ മാനിക്കുന്ന ആഡാടി മാന ഊഹാണോ നമ്മളിന്ത ഒരു അതൊരു അന്നമണ്ണ അളപ്പവോ കോർ എത്തിയ നന്നെടുത്തു المعاركة، المعاركة، المعاركة، المعاركة، عالم الملائكه عالم روحاني غير مرئي قدس جدا انما نعرفه عالم الملائكه يعني غير مرئي انما هو في بنيات المقاصد الملقطه لا يراه الا ذوال الله الذين يعلمون 60 متفوت و نفس غير عالم قصابين قصابين لا يوجد استغفار لا يبقى നാല് കാലം ഉണ്ടാക്കിയത് നാലാമത്തെ സകം സമയത്ത് ഒരു മണ്ണാധിപത്യത്തിൽ സിക്കുമതി സിക്കിമത്തോടെ ചിലപ്പോൾ പൊതുപ്പവന്തോ കഥാപത് കൊണ്ടിട്ടുണ്ട് അത് പണ്ടത്തെ സമത്തുള്ള പിന്നിൽ പറഞ്ഞിട്ടുണ്ട് ഈ മഹാനൊണ്ട് നിലനിന്നിട്ടുണ്ട് അസിയാക്രമങ്ങൾ നിലനിന്നിട്ടുണ്ട് ഏർ മഴ അണികൾ പറഞ്ഞുണ്ടാ ഞാൻ ഈ അരിയുടെ കുക്കുന്നു എട്ട് കുക്കീനെ കണ്ടെത്തി തന്നെ അത് താഴ്ത്തിച്ച് അട്ടാപ്പിംഗ് നടത്തുന്ന എട്ട് പത്തി ഞമ്മളിങ്ങനെ മുക്കൊന്നും മുക്കിക്കാത്ത കുറെ അപാടികളാണ് അല്ലെ പക്ഷെ തന്നെ മാങ്ങിട്ട് പൊതിയുടെ നിശ്ചിത അളവിഞ്ഞാൽ വഴിച്ച് നെക്കുന്ന സാക്ഷികളാണ് ഈ ഒന്ന് പോരാട്ടിക്കൊണ്ട് മാറിപ്പോയാ എന്നതി ആ മാക്ക് വേണ്ടിയിട്ട് അതൊന്ന് ആളെ മുന്നിൽ കൊടുക്കും എന്തെങ്കിലും ഒരു ദിവസത്തിൽ കൂടെ മുറ്റാമ്പല്ല ആവാരിയാണെങ്കിൽ മുറ്റാരി കൂട്ടിക്കൂടെ ഇല്ല വെറും കുട്ടിക്കൂടെ വന്നിട്ട് മാനില്ലാത്ത ആവായില്ലാത്ത അകാൻ ഇരിക്കും ില്ല ഗവർണർ അർജന്റ് എല്ലാം കത്തിക്ക് അവർ വരും രണ്ടു അറ്റ കത്തിക്കുക അപ്പൊ ഒന്നാണ് അല്ലാതെ എല്ലാ അച്ഛനും ഹിക്കിമത്തിന്റെ വരും അത് മഹട്ടജി പാടിയത് അവാഹാർ എന്ന ഹിക്കിമത്ത് കൊണ്ട് മഹജി പാടിപ്പോയി ില്ലാത്ത ആളുകൾക്കൊന്നും അവരെ വാങ്ങിരിക്കില്ല അവരുടെ പട്ടേണ്ട തൊഴിലില്ല തത്മികൾക്കും പറഞ്ഞത് ഈ ഇക്കുമ്പോൾ എല്ലാവർക്കും തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു തൗരത്തെ അറിഞ്ഞിരിക്കും വന്ന വീഴു قام انما هو النبي عندهم نيل ابو اني قد ماثر ما قال بس النبينا مرغيجيلا ايضا قال القمته النزليه عندهم همبته رهيده عندنا मालूम है प्रातः मध्ये फरियाद और या नबी के आगे निकल गई अदर निकने या अल्लाह या अजी तो تمامغت احدام وادهم منتقل له بهم ൂഹി ഈ മഹായ കൊണ്ട് എന്റെ മൂലം ഹായ് മാറിപ്പോയി എത്തരത്തിൽ ഉറക്കത്തിനു ഹുക്കല്ല ഉറക്കത്തിൽ അമ്മ എന്ന് പറഞ്ഞു മാറി ഹാമ ബുദ്ധി ചോദിച്ചല്ല അന്ത കൂടുന്നില്ലേ ഹായി മാറി ഷ്ടപ്പെടുക്കേണ്ട അല്ല സമാധി അവസാനമായിട്ടുള്ള അവാനി വന്നെ മാനി വരുമ്പോൾ തന്നെ അവാരിയെട്ടിങ്ങോട്ടും മലയാളമോ സഹന്ത അവളൊരു ജന്മവും എല്ലാം മറ്റൊരു തിരുമിന്റെ ഇടയിൽ കൊടുക്കാനും ഇത് പറഞ്ഞ പോലെ തന്നെ അവാരിയോ മുത്തഹിതായം ആലോചിക്കുന്നു ഇത് അറിയാം الضوء ما ترمى لده كهد المعينة على ستريكة بكثميزة صحا كهد المعينة على في كل حي فالطاهد عالم الله واهي لا يؤلنا نجرام ولا الأسباع نساني يجيدا وإنما يؤلنا نعبارا أروه نورانك نظروا تكثق في كما تير الأسباع أسباع الدك ولل يرجاعي كالعروه نورانك أسباع الدك انساني അപ്പൊ മരണതും അപ്പൊ ഈ അവാൻ മാനികളാണത് കൊണ്ട തീറ്റ തീക്ക ഇത് ഇത് ഇങ്ങനെ അത്ര ഇതിനെ കുറച്ചേ വെറുതെ ഞാനൊക്കെ അങ്ങനെ തട്ടാ കണ്ടത് തീക്കട്ടേ തീക്കട്ടായിരുന്നു ഇത് തോന്നും ഇനി തീ കട്ടെങ്കിൽ ഇങ്ങനെ വന്നതോ ഞാൻ ഉണ്ടെങ്കിൽ നോക്കി തോന്നി നോക്കാം ഇനി നോക്കാം തീ കെട്ടിതാന്ന് ഇങ്ങനെ കടലും തോത് എല്ലാ വിജയത്തിലും അത് ഒന്നാമോ തൈ അത് മല്ലെ പിള്ളേരോട് കൂട്ടി കെടുത്തിട്ട് നല്ല തോന്നിക്കൊരു ഇപ്പൊ കൊടുക്കുമ്പോ തീക്കത്തന്റെ ഹൈസത്തെ വർദ്ധിച്ച് അപ്പൊ കസീപായ അവാളുകളിലേക്ക് ചെയ്തു ഏതൊരു ഇന്ത്യയിലേക്ക് ഈ കെട്ടിയെ മാറി മായകളെ കയറ്റി നോക്കിയാൽ എല്ലാ തീകത്തിയായി മാറി എല്ലാ മുസ്ലിം പാരികൾ എന്തോ മാറി അപ്പൊ കാണുമ്പോ എന്തോ അളവായ ലത്താപത്തേ ആണോ കത്താപത്തിന്റെ വ്യക്തമില്ല അതുപോലെ ടെൻഷനില്ല അങ്ങനെ കഥാപത്ത് ആ ലത്താപത്തിനാണ് തഥാപത്ത് ഇതിൽ താമസത്ത് അറിഞ്ഞു ഹിജാവി എല്ലാവർക്കും ഏതൊരു സീസരം മൈതാ ഉദ്യോഗിക ഒരുമിത്തി ഹാ എനി അത്മാടക്കിക്കൊണ്ടാണ് മക്കാ രീതി അന്നാ റാവുഹ അതിന്റെ കാണുന്നില്ല അറിയാം ായിരം കിറ്റി വാഹോ അങ്ങനെയാ ആഴത്തെ കാഴ്ച രണ്ടാമത്തെ കാലയ്ക്ക് വിദ്യാർത്ഥികൾ ആദ്യത്തെ കാഴ്ച മുന്നിൽ വീഴിയു ഇപ്പൊ അവരെല്ലാം മറ്റൊരു കാവിയാക്കി നിർത്തുന്നുണ്ട് അവരുടെ കഴിഞ്ഞാൽ മൂന്ന് മാസം ഈ കൈക്കടക്കനാൾ കണ്ടില്ലേ ഈ മൈക്കുറത്തിനാണ് കൈക്കടക്കുന്നാണുമ്പോ പുതിയ തുടങ്ങി വെക്കുമ്പോൾ വള്ളികളെ നോക്കിയിട്ട് കൈമാകുട്ടം ബന്ധു പോയി കാണുന്നു പട്ടിയെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഗോഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങുന്നു ഈ അവാണി കഥാപാത്രം നോക്കിയാൽ തയ്യാറാക്കി വന്നാൽ പറയാം മറ്റേ ഇഷ്ട സമയത്തിൽ കുന്തം കൊന്നു കാർന്നു വള്ളിക്കാറൊക്കെ തടയുന്നു വണ്ടിക്കാറ കൊരുന്നു എല്ലാം കാണുന്നു പക്ഷേ ഉള്ളിലൊക്കെ ബീച്ചിലൊക്കെ ഇടുന്നു അത് വിത്ത് ആ ബീച്ചിലേക്ക് കുത്തം തോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഓന വീട്ടിൽ എത്തിയിട്ടാണെങ്കിൽ കൊല്ലുന്നതാണ് ആ വീട്ടിലെങ്കിലും കൊല്ലൂരെ കയ്യുകയും ചെയ്യില്ല അതെന്നുണ്ടാവും മതി ഗോക്കയെ ഗോക്കുക അല്ലെങ്കിൽ അഴയെ അടയിലേക്ക് ഓന വില്ലോട് താകുക അതാണ് തായ്മത്തം എന്നാൽ വീണുണ്ടാവും ഒരാൾ ടീവാകും അവാളി ആമിലത്തെ ആകെ വഹിക്കുന്ന അവാരി മാത്രമാണ് മില്ലാ തോക്കുക ആ തപ്പൂ മഹാനിപ്പുസ്താമിലുൽ മഹാരില്ലോ കംസീറായിട്ടൊരു വണ്ണം കൊണ്ടല്ലോ വാഗ്ബറത്താൽ അവാഹികളെ കാണുന്നില്ലെന്നല്ലോ മഹാ ഇപ്പോൾ പൂണി ഇതിനെ പൂണ് ഇസ്ലാമിനാ താഴ്ച വണ്ണം തോന്നി അപ്പൊ ഇങ്ങനെ ആ കറിതല്ല അത് കുറച്ചാണ് പൂണ് മാത്രീക്ക് കുറിച്ച് വരവ് അരി ഉള്ളി അമൃത്തന്മാണി അപ്പോൾ ഇത്തരത്തിലുള്ള പൂണും ഉപയോഗിച്ച് കുടിക്കുക അമൃത്തൻ മഹാനിയാകുന്ന സമനെ കുറിക്കുകയാണെങ്കിൽ എന്തോ എന്നറിയോ ഇല്ല മൻ മഹാൻ ഭഗോനി അവനെ വല്ല അമ്മത്തെ സ്വാണിയാക്കി വന്നാലേ ഈ പദ്ധതി എടുക്കുകയോ ഈ അറിവ് കൊള്ളാം നല്ല പുഴയ്ക്ക് ഓർഡർ പൊളിച്ചു കൊടുക്കണമെന്ന് അറിയാം എനിക്കും ഓർത്ത് പൊളിച്ചു കൊടുക്കണം വേദികൾ തന്നെ പുഴ കൊടുക്കാം എനിക്ക് لا يغلبن الله روحي من وائل العالم اسواني لا لا يتوكل الله روحي من كار في ايام هم به انصمون حالي ذكرك بيتو قالوا ان العالم بكتما وادروا لو قادرين كانته تصاوبهم ما اهلهم يزالوا عز من ثاني لا يعذهم قد متذكروا ادين ده اللي شايفه عليكم െ ഒക്കുകള് ഉറപ്പില്ലാൻ കഴിഞ്ഞാൽ നാളോ അവർക്ക് എസ് വ്യക്തമായി എതിരത്തോടൊന്നും ഇന്നത്തെ രാത്രി കാണുന്നു തുടങ്ങുകയും ചെയ്യാം എന്ത് യമോ തൊൽ ബഹറ ബഹർന്ന് മുങ്ങണം അർജുൽ ലഹൽ ഖുറാനു അപ്പോൾ ഇസ്റായുന്ന ലഹാല ഖുറാനന്ദാകണം ഭരണുങ്ങിയേ വെച്ചു വെച്ചു അപ്പോൾ ലഹാലയാരണ ഭരണുങ്ങിയേ വെച്ചുലും അപ്പോൾ പൂർരും അല്ലാഹുമായി തൊലായേ ഇതുപുലാനു വകുല്ലു മഹൈതഖല്ലുല്ലാഹു അനിതറക്ക ഇലൽ അബറു ബിഹുവുദൂ അ നമ്മ ബാതിൽ പുദൂനാ തർകന്ദ അതാണ് നബി പറഞ്ഞത് അതുകൊണ്ട് മലഹ അനി പുദൂൽ മല പുദൂൽ മൻ അല്ലാഹി പുദൂൽ അടിമൂന്നു അത് മാനസികളിൽ നമ്മുടെ അടിപ്പിളത്തിൽ അമലത്തിലേക്ക് തടത്തിയാവുന്ന തൊട്ട് അറിയാം ചകുരാക്കെ നന്ദിട്ടുണ്ടോ എല്ലാം മൂടീകരണ അമലത്താ അപ്പൊ ആ പാടം നന്നായിട്ടുണ്ടായി അപ്പാരിനേക്കാൾ കിടണ്ടത് ഇത് മൂന്നൂടാണ് മൃഗരാപ്പള്ളി ഇതിനെ കേൾക്കുമ്പോൾ ഇതേപല്ലി ഇത് മൂന്നൂരാത് മൂന്നൂരാ അപ്പൊ മക്കാതി അന്മാര വിദ്യാ മൂന്നൂടാണ് അല്ലെ പൊട്ട വിള അല്ലാഹുവേ അല്ലാഹുവേ വത്തലൈ കഴിഞ്ഞാൽ ചോദിക്കും അല്ലാഹുവേ ബിദീക ഉന്നി റാഫു ലഹൽ ആല വഅറഫ്തനീ ബി ഖൗലിക ഇലൈദൻ ഫദൽ അലൈക ഔനീന ഇതുപോലെ കാലനാതനെ അർഹനായ ആളോട് ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങന മഖാമണ്ടു കേറുന്ന ദുരി ആ ദുരിയെ ദുരി എന്ന് പറഞ്ഞോനെ അങ്ങന വലിയതാണ് അബൂബക്കർ സിനന്ന പോയിട്ട് മഹാഭാഗത്ത് ഇൻപത് താഹിക്കും അന്തത്തിൽ ഇന്നമാക്കിയ എല്ലാ ഒരാളത്തും അവർക്കും സമയത്ത് അല്ല രീതി അമാമക്കാണ് ഒരു താഹിക്കുന്ന ഇൻപത്തിൽ നിന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇന്ത്യൻ ഉണ്ടാകാൻ അൻപായ മോചനത്തേറെ വിളിക്കുന്നുണ്ടാകും അതിന്റെ ഇങ്ങോട്ട് അതെല്ലാം അല്ല രീതി അമാമ ഈ ചേറെ മുമ്പിലുണ്ട് ബുദ്ധിമുട്ട് ഇവിടെ അതിലേക്ക് പോകാനുള്ള കൈക്കൊട്ടത്തിൽ നമുക്ക് മുന്നേക്കോ അക്കെത്തിയില്ല ഇനി അതില്ല ആയിട്ടുണ്ട് അല്ലെങ്കിൽ പോണ നാളെ വരും തുങ്ങി അപ്പോൾ അംഗത്തിലേക്കുള്ള കുറച്ചെ തടയുന്ന അതിന്റെ മാസപാർ എന്തുണ്ട് അതല്ല അതാതി അനുസരിച്ചിട്ട് പങ്കു വയ്ക്കും അഭിനകളിൽ പെട്ടാണ് ഇഷ്ടമായി ജീവിക്കുന്നത് സത്യതല ഇഷ്ടപാട് അത് പുകഴിക്കും അല്ലെങ്കിൽ ചിലക്കാരിയല്ല അല്ലെങ്കിൽ നേരം അതിനെത്തി അപ്പൊ ഏറെ വീട്ടിലെ പറഞ്ഞാലോ അങ്ങനെ ഇവിടെ പറഞ്ഞു പറഞ്ഞു വരുന്നില്ല എഴുപത് മക്കാ ഭാഗത്ത് ഒട്ടെടുത്താലും അതുകൊണ്ട് അത് കുട്ടിയെടുത്ത നിന്നെങ്കിലല്ല അതെല്ലാവരുന്ന ഞങ്ങൾ എഴുതും നേട്ടം നിന്നല്ലോ അത് ഓരോരുത്തരോ ഇല്ല ഏതൊരു രീതി ഒന്നം കാണുന്നോ ഇട്ടാലും ഒത്ര പറയുന്നില്ല എഴുതും ചോദിക്കാതെ ഒന്നോ എന്ന് അറിയുന്നില്ല അതാ കൂടുതൽ സവാൻ അവരെ അവരെ നസ്മീക്ക എന്തോ കൂടുതൽ എത്തിയായി എന്തോ അതൊക്കെ നമുക്ക് ലക്ഷ്യം അവസ്ഥ കൂടുതൽ എന്തോ ചെയ്യില്ല കടുപ്പപ്പെട്ട കുഞ്ഞുണ്ട് സവാറുണ്ടായ സവാൾ കൃത്യുന്നുണ്ട് മത്തനോഭാഗത്തുണ്ട് മുമ്പാഹാത്തുണ്ട് അവാടലുണ്ട് എത്തിയുണ്ട് മാനവിയുണ്ട് അങ്ങനെ വരയ്ക്കി അത്രയെ അന്മാരം മുന്നുകളും അന്മലേക്ക് ജീവിതത്തെ എങ്ങനെയാണ് പോകില്ലെന്ന് എന്തെങ്കിലും ഇല്ല അതാ അതിന്റെ ആഗ്രഹം ആൾക്കുന്ന മകരു വിളം കൂട്ടാമില്ല ഏഴാമത്തെ കാരണത്തിൽ കത്തിരില്ലാമാണ് കാരണം പറഞ്ഞു അതാ ഒക്കാല ി ലുന്നതെല്ലാം നിരന്മാണി മാണിയായ കാര്യങ്ങളൊന്നും കാണൂല ദാനി അല്പം പോലും കാണൂല അകത്തെടുക്കട്ടെ നിരന്മാന ദാനി അപ്പൊ ജവാന്റെ ി പറഞ്ഞത് ആ ഇപ്പം അടുത്തതിന് കുറഞ്ഞത് മറ്റേ അപ്പത്ത ധനാധികളിലായി നമ്മുടെ അടുത്തു അപ്പൊക്കാരെ കിട്ടില്ല അതായത് അടുത്ത് കുറച്ചിന് അടുത്തത് പോകില്ല എളുപ്പത്തിൽ കിട്ടുന്നു കുറച്ചിന് അടുത്തായിരിക്കും പറയും അടുത്താണെന്ന് പറഞ്ഞില്ല അടക്കാരനും കിട്ടി വിട്ടു കുറച്ചിന് അടുത്തായി കാരണം എളുപ്പത്തിൽ രാജ്യത്തിനായ കമ്പതികാരന്റെ പേരിൽ പുറച്ചനുസരിച്ച ദൂരക്കായ കാരണം വെജുരായ കാരണം ദൂരക്കാരി അങ്ങനെ പറഞ്ഞു കഴിവ് എത്തി ആരും എത്തിക്കൂല മൺകൽപ്പോ ഔസ കലുപോ ആളെ ഒന്ന് അവസാനത്തെ കളഞ്ഞ കൊണ്ടുവരുന്നു അപ്രാമീന്ന് നമുക്ക് അറിയും വൻ അതാവ് ഇവിടെ മിനന്മാരായി നന്മയുണ്ടോ അസുറാർ അളമത്തിൽ ഗഗോപീയത്തിൽ ഒരു വറിയാണ് വഹിയ ദിനം ശരീരം ലായനാഴില്ലാത്തമാധി ഊഹൻ തിരുവനന്തപുരം അളമത്തിന്റെ അസുറുകൾ ഗുരുബൈദ്യത്തിന്റെ അൻവാറുകൾ ശരിക്കും വന്നാൽ കിട്ടില്ലേ വരണ്ടെങ്കിൽ ഇവാറിന്റെ കണ്ണൂരില്ലേ റൊബും ചീത്ത ഉണ്ടെങ്കിൽ പറഞ്ഞു റൊബോട്ട അറിഞ്ഞിനെ കൊണ്ടടുത്തതും ഉലുവീറ്റ അവിനെ കൊണ്ടെടുക്കുന്നത് റബ്ബെല്ലാം ഇരാഹാൻ ഇരാന റബ്ബല്ല ഞാൻ വേണ്ടി രണ്ടുപോയെന്ന് വെച്ചാൽ മുതലാധിമാണ് പക്ഷെ ഒരു സാധനത്തിൽ റബ്ബെന്ന് വിളിക്കുന്നതും ഇരാണ്ടാണ് ഈട്ടുപാടിയെ പുറത്തുണ്ട് ഒരു സാധനം ഇങ്ങനെ വെച്ചാൽ കേറ്റവും ഉറക്കവും ഒന്നോ രണ്ടോ അങ്ങനെ കേറ്റവും ഉറക്കവും ഒന്നരണ്ടോ ഏറ്റുപാടി കൂടി ഏറ്റുപാടി ഏറ്റുമാറും രണ്ടോ ഒന്നാണ് ഉള്ള മറന്നത്താണ് രണ്ടിനും കടയിൽ തെറിക്കാതിട്ടാണ് അല്ലെ ഇവന്റെ തവളത്തിൽ ഇങ്ങോട്ടാണ് നോക്കുമ്പോൾ ഇത് കേറ്റമാണ് പ്രയാസമാണ് പുറപ്പുണ്ട് എണ്ണ വേണം പണ്ട് വൈസാട്ട് പറയും അതേ മരിച്ച ടീച്ചു നിങ്ങോട് തളച്ചു താക്കിയാൽ വണ്ടി മൂട്ടലിൽ ഒട്ടാൽ മതി എണ്ണരാകാതെ അടിക്കണത് പോകാൻ വളരെ തെളിയിപ്പോ അവർ പറയും നമുക്ക് ഒരൊക്കെ മട്ടാപ്പട്ടാൽ എൻ ജീ വീണ്ടെടുത്ത് മട്ടാപെട്ട വ്യത്യാസം അപ്പൊ റബ്ബെന്ന് പറഞ്ഞത് ഇല്ലാതെ വ്യത്യാസമുള്ളത് അവിടും ചടയിലുള്ള ഒരേ സാധനം തന്നെ അവരും നിക്കുന്നുണ്ടല്ലോ കിട്ടുന്നിട്ട് എണ്ണമല്ലോ നോക്കുന്നുണ്ട് എന്നുള്ള നോക്കുമ്പോ എന്റെ റബ്ബാണവർ അപ്പൊ മാ നീന്തൽ ഇലക്കയിലേക്ക് നോക്കിയാൽ എന്തായി റൊബ അമ്പത് ഞാനെന്തല്ലോ ഒരു കണവ് ചോദിക്കുന്ന കൊടുക്കാൻ എന്ത് എന്നുള്ളത് എടുക്കുമ്പോൾ മാ നീക്കയിലെ ഇടാതെ അല്ല അപ്പോൾ അതിനെക്കുള്ള പരിപാലി ഒമ്പോ നികത്തോടെ അരിത്തോ റൂ നികത്തോ അതുകൊണ്ടല്ലേ റവർമ റുബോബീറ്റം തെളിയിച്ചുകൊണ്ടാണോ ഈ ഭാഗത്തെടുത്ത് വേറെ ഒരു വോയിട്ട് തെളിയിക്കുമ്പോൾ അല്ല റോമിയിട്ട് ഈ നോക്കിയിട്ട് മാറ്റിലാണ് റോമിയത്തിനാൽ ഈട്ട് കൊടുക്കാമല്ല പറയും മാറ്റി പോണം അപ്പോൾ റോഗോമിയിട്ടാണ് അതിനെ കൊണ്ടെടുത്തുള്ളത് അപ്പൊ അതേ കേരളത്തിൽ അൻപതാകും മാറ്റം ചെയ്തു കേരളത്തിന്റെ അപ്രതാളല്ലേ നല്ലത് റോബറോഡി ഒരു ലാൻഡറോണി അക്രാത്തിൽ ഉപയോഗിക്കില്ല അക്രാൻവാറും നോക്കിയല്ല മാത്രീ അക്രാൻവാറും നാതിരുന്നു അപ്പൊ റൂമിയിലേക്ക് ചേർത്ത് അന്മാറും ഗുരുവിധിയിലേക്ക് കേൾപ്പിൽ അക്റാറും പറയതായിരുന്നു സാധാരണ മനോചാൽ അതിനകത്ത് അതായത് അളവത്തിലേക്ക് എൻവാറും ഉപയോഗിക്കും അല്ലെങ്കിൽ തർക്കി പ്രകാരം പറഞ്ഞാലെന്താക്കും കറക്കി ചെയ്യുകയാണെങ്കിൽ അത്ര അൻവാറിൽ ഒരു ഹിങ്ങത്തി വാസ്റാർ അലമത്തതും അങ്ങനെ അൻവാറിൽ ഒത്തി വാസറാർ അലമത്തിൽ ഒരു ഒഴിയത്തിനക്കി തടഞ്ഞി ചെയ്ത അത്ര അലമത്തിൽ ഒരു ഹിങ്ങത്തി വന്നാറിൽ ഒരു തിരിച്ചങ്ങനെ കാര്യം മനസ്സിലാക്കാൻ ഇരിക്കുന്നത് മതനിലും ശരീരത്തും വസീയത്തും മുനീപത്തും അതിനെ അവസ്ഥീപത്താണ് ശരീപ്പത്താണ് വെട്ടിയത്താണ് മുനീപത്താണ് മദവിയാണ് റസീക്കും മതാലിക്ക് അല്ലെ മതാലിക്ക് റസീയത്താണ് സാധാരണ മുതിരിക്ക് ഇതര വിജയി അയ്യപ്പമാണ് മതാലിക്ക് ഇത് മുതിരിക്കുന്ന നമ്മുടെ കമ്പനി ഇതരാധികൾ മുതിരക്ക് എന്ന് പറയുന്നത് അതിലെ കളർച്ചല്ല ഇതരാക്ക് പറയുന്നു അല്ലെ രസിക്കുന്നവരുടെ സ്ഥാനത്തിൽ നിന്ന് മതാലിക്കില്ലല്ലേ അതിന്റെ മതഅരക്കളെ ദൂരത്താണ് ബുദ്ധി അർത്ഥികൾ അതിലൊക്കെ കടന്നുപോകുന്ന മക്കളക്കാണോ വളരെ രസിക്കത്ത എല്ലാവർക്കും അനുഭാവയില്ല ഞാൻ അനുഹാ ഇല്ല കൽബും സമാവീ ഒന്നു സമാവികയായ കൽബു ആണ് കല്ദൂക്കി ചേർത്തിട്ട് മൂന്ന് വഴിയാണ് കൽബുകൾ ഓഹരി ചേർത്ത് കൽബുലേഖി ചേർത്തിട്ട് സമാവികിയായ കൽബു അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ മക്കാമേക്ക് ചേർത്ത് ആരായ ഊഹ് അപ്പുറത്തേക്ക് ചേർത്തിട്ട് ആയിരത്തി കണ്ണൂറ് ചേർന്നാണ് ആദ്യമുണ്ടത് മദനു വിട്ടാൽ മദരി ലത്ത് മദരി ആലോചിച്ച മണ്ണിൽ ഉണ്ടാക്കി അതിലെ ഓരോ പ്രവർത്തിക്കുമ്പോണ്ടാകുന്ന അപത്തേക്ക് ലത്ത് കയറി അവർ കൺബണ്ടാക്കി കപ്പത്തിൽ കൂടി നടക്കുമ്പോൾ കല്ലിന്റെ ഉറക്കാ മതി അവരുടെ നമ്മൾ ഓരോക്കാൻ മതി അതിന്റെ അപ്പുറത്താക്കി ഇത്തിരി നടക്കാൻ മതി അപ്പൊ നിസാനാകുന്ന വധി നിൽക്കലുണ്ടാകും കണ്ടു സിക്കുകണ്ടാകും ഓഹരി തീരുന്ന സുഹോ കയ്യാനുണ്ടാകും കുഞ്ഞുള്ളവരാകണം തന്നിട്ടപ്പോഴത്തെ ഹിമ തു ആ കൽ ജോലിന്റെ ഹിമത്ത് ഉയരണമാൻ താഴെ ലത്തുവാൻ എല്ലാ തോന്നുകളും വായുൽ തോമൽ നിൽക്കുന്നു ആര് ആ നല്ല ور هذا موضوعه ان على النبي انا تطال روحي اطربونا فتقي لا طلبت روحي بل ليا التي اطربني سرام هذه الحدود هي دي معبودي يستر وان ذا حدودنا بالاداي معبودي حدوداي انا فضل ذلك تمل الله هيا عمله بالمعارف والاصلاح الموضوع ده قلبنا غنم اغيانه تطفوا فالي غادي وكن فدينا ولو نو تثيرنا ارغنانا அலோவ மதியவாக்கி நடந்தா வள்ளகத்தின் ابو அப்துல் சொன்ன இல்ல வள்ளாத அடுத்த மூตีல அவங்க சொன்னல்ல சொன்ன வள்ளகாதா நம்ம கருத்து அதுல பதரபல் பقبلல லஹியா என்னாட் மாலி ஃபாஸ்ரர கோட கொண்டா தன்புல அறிந்தது காணாம அப்ப இதுக்கு அத்தியே வந்து அலோவ மத்தியவாக்கிதுல வந்து வச்சிருச்சு அமர என்ன சொல்லணும் அதனால என்ன فَلَا يَتَّقِهِ قُرْبَانِيَ زَاهَتِ الْعَالِي مَعَامِيرُهُ الْمُتَّكِلِ كَرَّكَانْ بُودُنْ گلیوڈا مَنکارا قلبو ہو یارانِ ویتمانِ گنج گودنول مَنشََرَبِ زِخدمَتِ النُّبَاهِ وَتُحْرُطَتَ آنَے تَرکَابَدانِ آغُندَروا ان اورتر بنید مَنہَتَنَا بِخدمَتِ یہ ماہَتِ گنی سدینِ رَاہِ گِنی وَحَمِہِین فُہُنَ تَحْلُمُ ذِوِ اللّٰہِ وَاُطْلَبَتِجُوں ൂട്ടില്ല അരി പേ പകാല ആൾക്കേവാമി ഇങ്ങോട്ട് അവരുടെ വിവാഹം കായി ഇന്നല്ല ഇങ്ങോട്ടല്ല ഇന്നില്ലെങ്കിൽ വിധത്തിലുള്ള വിവാഹമാണ് പിന്നെ തിരിക്കുവാനാക്കാൻ മിരാറിയില്ലേ അതിനെ പറ്റി നമ്മള് ചോദിക്കും ഓ സ്വകാലം ആരും ഇതാകും അത് വിക്യം പിന്നെ ഇന്നമാ താലിനാക്കാൻ താൻ ഗസതി തടിക്കുന്ന ചോദിക്കെ പറ്റി നമ്മള് ചോദിക്കും സ്വകാലം മാനക്ക ഒരു ഗസതി ഇങ്ങനെ തറീന്നള വന്നാൽ ചോദിക്കാൻ ചോദിച്ചാൽ അച്ഛപ്പൊ മന്ദവല്ലാത്ത ആ തീ ചെരീസിനെ മുത്തവഞ്ചാരൂലെ ആദ്യ മുത്തവഞ്ചേന ഇപ്പൊ അതങ്ങ് ും ജതുകൊണ്ട് തോലായി കഴിഞ്ഞി മോയിന്റെ കാര്യം അവഗണിച്ചാൽ അറുപതും തന്നെ പറഞ്ഞോണ്ട് അതിനെപ്പറ്റി കമ്മിൽ ഹസൈക്കത്തക്ക നിന്റെ ഹൈക്കത്തിന് നീ തസ്മീരാക്കണം അതിനെ കമാലിലേക്ക് എത്തിക്കണം എന്റെ ഹസൈക്കത്തോന്റെ ഭാത്ത നീയായ മോഹിന്റെ അവസ്ഥ ഈ ശരീരം എന്നുള്ള ഒരു മജാതായ പാത്രം മാത്രമല്ലോ അല്ല തീ എങ്ങനെയുള്ള ഹസൈക്കത്ത് അത് കമാൽ ഇപ്പം സിദ്ധിച്ചിട്ടില്ല ബ്രഹ്മൻ തന്നെ കമാലോട് കൂടിയല്ലല്ലോ വരുന്നത് ഔജി അമീർ എന്ന് പറയില്ലേ ഔഞ്ഞുടെ സ്ഥാനത്തിൽ എന്ന് പറയും ഔജി താഴ്ന്നി അമീത് അപ്പൊ നല്ലത് ഇപ്പൊ രാശിഫിയായി അമീർ എന്ന് പറഞ്ഞത് തന്നെ എന്തായി ചാണ തലർത്ഥം എല്ലേക്ക് പോയി തൊക്കെ മടീച്ച് കളിക്കുന്നു അമ്മീ തമരം താട്ടിലീ അതു കമ്മിരുൽ പാനിയ നശിച്ചു പോകുന്ന തെട്ടുനാറിപ്പോകുന്ന ഈ ശരീരത്തിന് നീ പൂർത്തിയാക്കാൻ കമാലത്തിനാണ് ഒഴുക്കുന്നത് ചെറുവാസുറുക്കു ബാഫിയ ഗോഹലാണ് ബാഫിയ ഗോഹന മണ്ണീലല്ല ഗോഹ പടക്കപ്പെട്ടത് തന്നെ അതീമല്ല അരി പറക്കപ്പെട്ട മസലോക്ക് തന്നെയാണ് ആവണം പെട്ടെന്നുണ്ട് അതിന് ഫലായില്ല എന്നാ മെനിക്ക് പറഞ്ഞി മരിക്കുമ്പോണ്ട് അടിയിൽ പിന്നെ മറ്റൊരു സ്ഥലം മാറ്റി ഇന്നും കൊണ്ട് وما حقيقة الوردنا عنه وَفِيْفَنَ النَّقْطِي لَدَ النَّقْطِي فُلِيْف وَاسْتَمْهَا تُبْقِي بَصَاهَا الَّذُ عُلِيفْنَا جُوَاسِبَنَا وَفِيْفَنَ النَّقْطِي نَقْطِي فَنَاذَ أَغْمُو وَتَّنْ عَمَرْشَتِمْ أَغْمُو يقول لَدَ النَّقْطِي اصلاح الله عليه السلام والنامات وطول الله السلام ارتكاء اخلاف ذرنه اختلفاء അതിനു മുമ്പോ മുമ്പ് രസിക്കൂലെന്നുള്ളത് ഫാഫേ ഇല്ല സിലാഫി തോന്നുന്ന ഒന്നാമ തോതിന്റെ അന്ന് ലശിക്കൂന്നില്ല സിരാഫി മുഖാത് ഹറത്തു മുഖി ബക്കാഹല്ലിഫ് ഇപ്പോൾ അറിയപ്പെട്ട അതേ ബക്കായി തന്നെ തുറന്നു പോകുന്നതാണ് എന്നാണ് മാമ് കരുതുകൾ ഉദ്ധരിച്ചു എന്ന് പറയുന്നത് അല്ലതീന്റെ ഫോക്കാണ് നല്ലത് അപ്പോൾ ബാക്കിയാകുന്ന സാധനത്തിന് നീ എന്താ നീ അവഗണിച്ചു ചീനാറിപ്പോകുന്ന ഈ ശരീരത്തെ നീ പൂർത്തിയാക്കാൻ വ്യക്തിയാണോ ഹമരൻ ഹമലൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഹമലന് അസുതൽ മത്മന രാം പവനും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവഗണിച്ച സാധനമാണ് ഒരിക്കലും തിരിഞ്ഞു നോക്കപ്പെടാത്ത സാധനമായി അപ്പം ഈ ബാക്കി എന്റെ ഹമല് ഹാലും ഇതിനൊന്നും ബാക്കിയാകുന്ന ഓഹിനെ നീ അമലനായി തള്ളുകയാണോക്കു സുധാനോ വ്യവസ്ഥ നീ ബി അം അതിന്റെ കാര്യം കൊണ്ട് തീ ഒന്നും പൂർത്തിയാക്കി വീടിയിട്ടില്ല അപ്പന അസിനു എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ഞമ്മ ഒരു കാര്യം കൊണ്ട് ഞാൻ മട്ടം പോലെ നിലനിന്നു അപ്പൊ നം താക്കി അതിന്റെ കാര്യങ്ങളെ കൊണ്ട് നീ വണ്ടതുപോലെ നിലനിന്നിട്ടില്ലല്ലോ ينبغي ان ارتكب عافيه لك غفز جسمي النفس النفيسه عالكم ما لم تحس به لم يحدثه فالجسم جسمه الذي من النفس النفيسه برمذيكاناها النفيسه عال بالنيه عره والاعيره بالطاقاتون امم മാലം തുരി നബ്സ് ഈ ഈ ജിസ്മ കൊണ്ട് എന്തെങ്കിലും കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ അതിന് കരസ്ഥമാവില്ല ഈ ആലത്ത് ഉപയോഗിച്ചിട്ടാണെന്നത് കരസ്ഥമാക്കേണ്ടത് അപ്പോൾ ഒരാളത്തിന്റെ ഹത്തുമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ അതൊക്കെ ഒരു ആയുധം നമുക്കൊരു പേനക്കൊരാത്താണ് അപ്പൊ നമ്മക്ക് പേന എന്നുള്ള ആലത്തിൽ കൂടെ എഴുതാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നബ്സിന് ജിസ്മ ആലത്ത് ഉപയോഗിച്ച് എന്തെങ്കിലും കരസ്ഥമാക്കാൻ കാമിനീയങ്ങളാൽ എത്ര കൊണ്ട് ചെറുപ്പിട്ടാ പറയരുത് അല്ല അനാഥിത്യങ്ങളും കാമിനീയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രാക്ടീസ് ആക്കി ആകിയാക്കി കഴിഞ്ഞാൽ പിന്നെന്തില്ല പിന്നെ ആലാത്തിന്റെ ആവശ്യം വന്നില്ല അതിന് സ്വന്തം പരതും സാധിച്ചു മഴ കാലത്തന്നെ എന്താക്കാനും കഴിഞ്ഞു അത് അതിന്റെ പ്രതിസന്ധിപ്പെട്ടതാണ് വിസ്മുന്നില്ല പക്ഷെ അത് ഇവിടുന്ന് തുടങ്ങണോ ഇവിടത്ത് പുറഭാധ്യപ്പെട്ടത് സാധിക്കുന്ന யபினா வதபகா தாயிமம பின் ரிபதின் ауசித்தோ வதீ மராதல்லா தஞ்சனி யபினா சரீரம் லசிது போகும் வதபகா நிப்சோ வதி யோகின் தாயிம இங்க ரிபதின் ஒன்னிக்க நல்ல சந்தோஷத்துலயேட்டு அப்ப ஞானத்தை കൊണ്ടது போற உபயோகப்படுத்தி கமனாத்து கரச்ச மாத்தியेंगे ரிபதteilai ആউজ യെ കുവാ തിമന നാമതിഗം ആവാം എപ്പോൾ നേരെ ഇടരാണെങ്കിലും ദാ സഞ്ഞി അതിൊന്നും പോവില്ല അവന അതിവരരം കാണവില്ല ഇല്ല വതീ ഹി തജിസ്മ ഗഹാബിമം ഭവദിന്തഹു അ തംലിക്ക വ തംല അ തംലിക്കൽ മഹ്ഫൂല ലിത്തൽ അഹ്ലീ വതീത നിരക്കും നൽകപ്പെട്ടു അപ്പോൾ ഒന്നാമതോക്യേ ദത്ത ജിസ്മക്ക നിന്റെ ജിസ്മിനെ നിനക്ക് നൽകപ്പെട്ടത് എങ്ങനെയാ ഹാദ്യമായിട്ടാണ് എനിക്ക് ഹാദ്യം ആയിട്ടാണ് ഇപ്പൊ ചെയ്ത പണിയാണോ ആദ്യം തോന്നുന്നു നീ ജിസ്മിനെ അങ്ങോട്ട് ചിരുമത്തെടുത്തു പറഞ്ഞു അപ്പൊ ആദ്യം അഹമ്മായി മാറി എന്നിട്ട് മഫനൂലിനെ ഇവിടെ അഫമലേതാ അഫമലി ഊഹി മഫനൂലോ ശരീരം അപ്പൊ മഫനൂലാണ് ഇപ്പൊ എന്താക്കിയത് വിൽക്കാക്കിയത് മഫനൂലിന് വിലക്കാക്കിയ അപ്പനീത്തന്റെ രക്കിനെ അപ്പന്നലാകുന്ന ബോറിന്റെ അടിമത്തത്തിനാ ആർക്കും വിലക്കാക്കി കൊടുത്ത് മഫനൂലായ തരത്തിന് അ തുമല്ലൊക്കല്ല മഫനൂലിനെ നീ അപ്പിന്റെ രക്കിനെ നീ വിൽക്കാക്കി കൊടുക്കുകയാണോ ശരി നീ പോൻ ആണോ ഇനി അർത്ഥ കൊടുക്കാൻ അല്ലെങ്കിൽ ചെറുക്കൂന്ന് വായിക്കട്ടുണ്ടോ ടുന്നവരണ്ടല്ലോ പക്ഷെ ഇതുവരാള് പൊട്ടുപോയാളും ഈ വല എങ്ങോട്ടാ പോകുന്ന സമയത്തേക്ക് ഈ സാധനം പോവുക ഒരു വലയിൽ സാധനം കുടുങ്ങിയ മല പോകുന്നവയ്ക്കാണ് നനുല കുടുങ്ങിയ മീനും പോക്ക് അപ്പൊ ശരീരം വലയാൻ മാത്രമല്ല കസീപ്പുൻ കത്താപ്പത്ത് ആണ് റോയിൻ ലത്താപ്പത്താണെന്നുള്ളത് അപ്പൊ റോയിന്റെ ലത്താപ്പത്തിന്റെ മുക്കാൻ പേരിവിടെ നിന്ന് കത്താഫത്തും ഉണ്ട് അതിന്റെ കടിവരീതി അതിന്റെ കയറിന്റെ കുടുക്കുണ്ടല്ലോ ആ കുടുക്കിൽ കുടുങ്ങിയിട്ടാണ് ഉള്ളത് മാതാമെനുക്കൽ ഫലാ നിനക്ക് അത് ലക്ഷപ്രളാപിക്കാൻ സൗകര്യപ്പെടുന്നിർത്തണം കാലം പാചലി സമയം വേഗം ആയിക്കോട്ടെ കുറെ കാലം എത്രത്തോളം മോചനം നേടാമോ അത്രയും പെട്ടെന്ന് നാട്ടിത്തീർക്കണം എന്ന അതിനാ മന്സിനി മൻപുരുഷൻ എത്തോ അവന് സാധിക്കുന്നുണ്ട് മൻസിനി മൻസുരയിൽ നിന്ന് ഉന്നതമായ മൻസിലേക്ക് എത്താൻ അവന് സാധിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യൻ മാ ബാലുഹു എന്താണ് അവന്റെ കഥ എറുണാവി അതിനാ മൻസിരി കൊണ്ടുമ്പോ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നന്ദിനി എന്താ ഒരവസ്ഥ മുന്നണി മന്ത്രി എത്താനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടായിട്ടേ ഈ താൻ അതുകൊണ്ട് ബോധ്യപ്പെട്ട് കഴിയുന്നതിന്റെ അവസ്ഥ എന്തെന്ന് നല്ല പാട്ട് ഇസ്ലിന്റെ മനുഷ്യ കം തീ എത്ര കാലമാണ് ഇസ്ലിന്റെ ഖിമത്തെടുത്തുകൊണ്ട് <Suce> <under> <life> on, on he, he ം ആ തോ നിതിക്കുന്നുവോ നിഷ്ടമുള്ള കച്ചവരം ചെയ്തി നഷ്ട കച്ചവടം ചെയ്തിൽ ലാഭം കിട്ടാണോ കൊതിക്കുന്നതിന് എന്തർത്ഥമുണ്ട് അതുകൊണ്ട് അനൈക്ക ഭിന്നി ഭി അല സി നീ ലഫ്റ്റിന്റെ കാല നമുക്ക് പിടിച്ചുകൊള്ളണം നമ്മളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉയർത്തികളുണ്ടല്ല അല്ല സീ പൊട്ടു കുറ നീ എത്ത് പറഞ്ഞാൽ ശരിക്കും വരാം കളി വരാം നീ സിക് പൂർത്തിയാക്കിക്കോ പവീരത്ത ലഫ്റ്റിന്റെ പവീരത്തുകളെന്ത കാരണം നീ നീ ഇൻസാന അതാണ് ഹവറാണത് ഇൻസാനും എന്തുകൊണ്ട് ഇൻസാനായത് ബിൻ നെസ് കൊണ്ടാണ് ജിസ്മു മുഖ്യം നോക്കിയിട്ടല്ല ഇൻസാനാകുന്നത് നെഫ്സ് മുഖേനയാണ് അത് ഇൻസാൻ ഇൻസാനാണ് പറയുന്നത് അത് ആസീകത്ത് എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഇവിടെ പാട്ടിലെന്നുണ്ട് നെഫ്സിന് ാക്കുന്നൊരു വാക്കുണ്ട് ഈ തക്മീൽ എങ്ങനെയാണ് അങ്ങനെ സത്യത്തിനും പറയണ്ടല്ലോ കുമ്പത്തിൽ അമലീയത്തി നമുക്ക് കണ്ട പണിന്ന് പറഞ്ഞ അമ്മ തീയ്യ അബാറപ്പുൻ അൻ തക്ലി ജഹസ്ബിൾ കുമ്പത്തിൽ അമലീയത്തി അൽ മുത്തൽ കൊണ്ട് കനത്തമാക്കിയത് കൊണ്ട് കമാൽ കിട്ടിയിട്ടുണ്ട് ഗാലത്ത് മാറി എൽമിയായ കമാൽ കിട്ടിയിട്ടുണ്ട് ഗഹാലത്ത് പോയി പോയി പോയി പോയി ഇൽമിയായ വൈജ്ഞാനികമായ കമാൽ കിട്ടി ആ വൈജ്ഞാനികമായ കമാൻഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കണം അനനിയായ കമാൻഡിലേക്ക് എത്തിക്കണം അപ്പോൾ സയന്റിഫിക്കലായ അതുകൊണ്ടല്ലോ സയൻസ് അതെ കൊണ്ടപ്പോ ആസ്താഖ്യമാക്കണം അപ്പൊ അമേരിക്കൻ ഒരിക്കലും അതിന് കൂടി ഇരുമിങ്ങനെ വിട്ടണം അല്ലെ വയകാലത്ത് ആണെങ്കിൽ ഹിന്ദിതമായി ചെയ്തിരുന്നത് വളരെ പ്രവൃത്തിയാണ് നമ്മൾ ഇരുമാക്കിയെടുക്കുന്നത് ചെയ്തിരുന്നു ഇരുമൊണ്ട പോവുക എലിമിലില്ലാത്തവർ അമലിന് കാണൂല ആ തക്മീലിനെ നോർനാടന്താ തക്മീലു ഫളീലത്തുൻ നഫ്സിൻ വന്ന വ വ തസ്ഹിറുഹാ വ തഹദീബഹാ വ തസ്രീബഹാ മിൻ അമരി റബ്ബഹാ അനിൽ ലൈ അദിനെല്ലാ വണ്ടാതരങ്ങളൊട്ടോ തസ്ഹിറാകി അന്നെ ഹറകാതു സതിറാതു ഉഴവനു തഹദീബക തഹദീബക ബൂർനാവന്തൻ ഇതിബായ നൂർതിയുള്ള ഇതിബാൽ കൂടി എല്ലാം ഉണ്ട് അന്നെ അത്രേത വർതംഗിയിലുണ്ട സുദ്ധമാകി എന്ന വരതുകൊണ്ട് തഹദീബ് ഉണ്ടായിക്കൊള്ളുന്നില്ല ഗുളം മുറപ്പുണ്ടല്ലോ യുദ്ധം ജനിച്ചറിക്കും പക്ഷെ പ്രവർത്തനം തഹദീപല്ല അപ്പൊന്നും അതിമാക്കൂല്ല പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിയിൽ ഉണ്ടാക്കണം തക്കരീ ഗുഹ മിന്നുറബിയിലേക്ക് ഏൽപ്പിച്ചു അപ്പം ഇതിന് മപ്പായി പം യു തീറുഹ മതം യു ഹീ ഗുഹ അവരെ തസഹീറു ആക്കിയില്ല തഹദീപ് ആക്കിയില്ലേ അതിന്റെ നഷ്ടത്തിലേക്കും وقتال لكم ذكري يذكنو قال الله تعالى قد افلا عمل الزكاه وقد قام من دتها ان الله هو اخرجكم من صافه بشريتك عن كل واسم ناس من عبوديتك لتكون لنداء الحق مليبا قمن حمرته قريبا اذا بدون الله ുണ്ട് ഓ ഹോസ് നീ പുറത്തു വരണം എന്റെ ഭജത്തിന്റെ അവസ്ഥ വസനിലേക്ക് ചേർക്കപ്പെട്ട കുറെ അവസ്ഥാഫുണ്ട് ആ ഒരു കുല്ലാണ് അല്ലെ ആ കുല്ലിനണ്ടാക്കി മദയാക്കിയത് അങ്കൻ മൊനാൽ നിയമോദിയത്തിൽ ഒബൂദിയത്തിനെതിരാക്കി വരുന്ന എല്ലാ വസ്തിന് തൊട്ടു ഒബോദിയത്തിന് യോജിക്കുന്ന വസാപ്പ് ഇപ്പോൾ തടത്തോട്ടേനാണ് അതിനകത്ത് അതീ ബാക്കിയിലെ നേരായിക്കൊണ്ടാൽ മതി ഒബൂയത്തിന് നിരക്കാത്ത ഔതാപം തന്നെ ഉണ്ടോ ഈ ഒരു അകുതാന്നും അപ്പൊ അകുദിന്റെ ഔതാപം മൂതിയത്തിന് ഇരക്കുന്നതായിരിക്കണം ഒ ഭൂമിയത്തിന് അവിതാപില്ല അപ്പോ അവനി തന്നെ ഇവർ മോണ്ടി വരും ഇവർ മൂല്യത്തിന് ആഹാരിക്കും നിരക്കാത്തതാണല്ലോ അവിടെ വിസ്കാല തടസ്സം ഉണ്ടായാലും ഇങ്ങോട്ട് കേട്ടില്ലെന്ന് പറഞ്ഞാൽ വിസ്കാല തലർത്തും അവിടെ പ്രധാനപ്പെടുത്ത ഭൂമി നല്ലത് ഇവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാവും മൂല്യത്തിന് ഇരക്കാത്തതുകൊണ്ട് فالنودية <تصفيق> من المناسبة لنا نعيد جاية سبحانه اللي وصل لنا نعيد بورطوة فإننا عديث تكون لداء الحق <تصفيق> مجيباء أقر ورام حق <تصفيق> سبحانه وتعالى لداء نمجيباء ثم نقول الله يا أيها يا أيها الإنسان يا أيها الرسول إننا اللي نعمل نفسنا ما يدائي برد عندما يدائي لداء نمجيباء ورامنا نعيدا لك لذلك يقول الله يعني ربنا اللي وردينا يعني أقول مجبتا نوري مريني ومن علرته او ان حضرتمات كريم ஆக வேண்டியும் واذا خرج النبذ ايතordu فاذا خرج النبذ بدو... من اوصاف ثريته ثريته اوصاف النبذ ابو ذرتን λεדי냐ල් தெதிகபுகা ரக்கাইয়া 바قامি ரோஹानीன் وعالي الى مقام يكفل ويرغولミكدل ആ അവസരത്തിലാണ് അവൻ മുസാഹന ചെയ്യുന്നത് അൻവാരത കൊണ്ടും അവന്റെ കുറുബ് കൊണ്ടും അവൻ വിജയം ചിന്തിച്ചവനും ആകും വലിരാക്ക ഇതുകൊണ്ടാണ് ദാത തിൽ തൊട്ടടുത്തു പറഞ്ഞ് ബാധ ഹാവിഹിക്കുമ്പോൾ പറഞ്ഞ ഉടനെ മൊത്തത്തിൽ ബിഹിയായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഹക്കു മഹാന ഹൂത്താണ് നിന്ന തൊട്ട് മഹജൂബെ അല്ല ഒഴിക്ക് ഹിജാബുമില്ല ഹിജാബാള ഭാഗത്ത നെല്ലിയേക്കാ ഹിജാബ് നമ്മുടെ ഓരോന്നല്ല ഇപ്പോഴെ ചൂലേജ് വസിച്ചി നമ്മൾ കണ്ണിലുണ്ടാക്കിയുടെ കിണി കെട്ടി നിനം കെട്ടിയാൽ ഇപ്പൊ അത് കാണുന്നില്ല എന്തുകൊണ്ടാണ് കാണാത്തത് ഹിജാബ് ഉള്ളത് കൊണ്ട് ആടെ ഭാഗത്താണ് ഹിജാബ് അതിനോ ഈനോ നോക്കുന്നവരുടെ ഭാഗത്താണ് ഹിജാബ് ഇപ്പുറം എന്ത് ഹിജാബ് ഉണ്ടാകാം ചിലപ്പോൾ ഞാനിന്റെ ഭാഗത്ത് ഹിജാബ് ഉണ്ടാവില്ല മണ്ണൂറിന്റെ ഭാഗത്ത് ഹിജാബ് ഇവിടെ മണ്ണിറിന്റെ ഭാഗത്ത് ഹിജാബേ ഇല്ല മറഞ്ഞ അതാ ഹിജാബ് റൂഫിദിനെ പറ്റി പറഞ്ഞത് അത് മുന്നാർത്തപ്പോൾ ലിഷ് ഐ ഇൻ ലിഷ് അതുമുൻ മുലാത്തപത്ത് ലി ഷൈ ഇൻ ലി ഷൈ ഇൻ മുനാസമത്ത് യോജിക്കുന്നുണ്ടിപ്പോ അനുയോജ്യത അതില്ലായ്മ ഒരു ഷെയ് എന്നുള്ള അതിമ് എന്തിന്റെ അതുമ് മുനാസമത്തിനതു എന്തിനുള്ള മുനാസമത്ത് മറ്റൊരു ഷെയ് എന്നു അപ്പൊ ലി ഷെയ് ഇൻ ലിസയിലെ താല് അത് ആവർത്തനമല്ല ഒന്നാമത്തെ ലിഷൈ എന്നുള്ള മറ്റേ ലിസൈന്റെ താലൂക്കേക്കാണ് മുനാത്തപത്തിലേക്കാണ് അപ്പോൾ ഒരു ജനാപത്തുകാരന് പള്ളി എടുത്തു നോക്ക് ഇവിടെ രണ്ട് ഷെയ്യുണ്ട് എന്നാൽ ആ ജനാബത്തുകാരൻ ഒന്ന് പള്ളി ഈ ഷൈ ഇന് ആ ഷൈലിന് മുനാസ്പത്തിയില്ലാ ഹിജാബണ്ട് ഈ ജനാബത്ത് ഹിജാബ് അനുമുൽ മുനാസത്തി ലി ഷെയ്യിൻ എന്നുവെച്ചാലോ ഈ ജുനുബായ മനുഷ്യരിക്കുന്നത് മുനാസ്പത്തിനോടൊണ്ട് എന്തിനു മുനാത്തബത്ത് ലി ദുബോൽ മഹിദി ഇതുപോലെ അന്ന ആഹ് ഇതിന്റെ അദറത്തിലേക്ക് കയറുന്നതിന് തൊട്ടിട്ട് എന്തോ ഒരു മനോസമത്ത് കുറവുണ്ടായിരിക്കും ഈ ഇവന്റെ വാസ്തു അന്ന ഹജൂബൊന്നുമല്ല അപ്പൊ വാതിരടച്ചിട്ട് കാറ്റി പുറത്തുന്നിഷ്ടം പോലെ വാതിര തുറക്കാത്തൊണ്ട് കാറ്റുകടത്തിന് കാറ്റിനാത്തോണ്ടല്ല വാതി പുറത്താത്തോണ്ട് വൈന്നമി നജോബ് അന്റെയാണ് നാജവ് നീ മാത്രമാണ് നാനിൻ നദിനെയും അപ്പോൾ എന്താ അവിടെ ഹിജാബിന്റെ കാരണം അതാ കാഞ്ഞൂയ പോലും പറഞ്ഞ മാതിരിയായി നേരത്തെന്താ പറഞ്ഞത് നീ രണ്ടു കൂടി ചേർത്ത് വയ്ക്കു കോമൂദിയത്തിന്റെ മുനാസിബല്ലാത്ത ഔസാഫിൽ നിന്ന് പുറത്തു വരണം എന്നാലേ നീ കരീബാവുകയുള്ളൂ എന്നാ പറഞ്ഞത് അല്ലെ അപ്പോൾ ഇവിടെ തടസ്സേതുന്നത് കൊമ്മൂദിയത്തിന് മുനാസിലായ ഔസാഫാണല്ലോ തടസ്സം നമുക്ക് كان له يقول ما عجبك انه إلا أوصاف المشريت التي أنت محجوب بها نجل كبولة قرصة ماكي محكونا به فأولا بمشريتها هي أوصاف أنه دبور الله التي أنت محجوب بها دون دارم يحجاب آقابل جيكنات فإذا دالت أنك دال حجابك أوصاف المشريت بوية أنه حجابني ما تفلت بمرقبة الشهود يَا رَبِّ الْمَطْبِئِ لَكَ مُقْتَصِدَاي وَعَرَفَ الْمَلِكِ الْمَعْبُودَ يَا اللهُ وَالْمَجِيدُ مِنْكِ يَتِي بِاللَّهِ التَّوْفِيق وَهُوَ الَّذِي لَا صَوَائِبَ تَرِيق وَإِلَاهَا ذَا تِلْجُمْلَتِي أَشَارَ ذَا يَقُولُ إِمَامُ مَا تَرَكَ مَا حَدَّثَ الْمَحْلُو وَإِي يَأْخُذُ نَجْمُ الدَّرْكِ بِتُولُهُ وَإِذْ وَقَفَ نُوبِرِ بَدَرْتُهُ ചെറിയതിനു മുമ്പെല്ലാം സമൂഹത്തിൽ ആദ്യം പറഞ്ഞു നോക്കും അടുത്ത മസിലും ഇങ്ങനെ ചടികളൊക്കെ ഇതൊക്കെ എങ്ങനെ ഇടക്കാനും പറയൂ അതിന് ശരിയായ രീതിയിൽ തന്നെല്ലോ വരാൻ പോലെ ആദ്യം പറഞ്ഞത് ആ മൗനുകൾ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ടല്ലോ ഏതാ മൗനുകൾ വൻ മൗനൂതുകൊണ്ട് പറഞ്ഞാൽ മൂന്നുകൊണ്ട് ഈ ശരീരമാണ് മനസ്സിൽ ശരീരത്തിൽ തടസ്സം എന്നുള്ളത് ഉണ്ടാവും മഴഭാഗത്തെ കേസിൽ രണ്ടാരി മൗതു ശരീരം അതിനെ പറയുന്നു മഹുമെ തറക്കാൻ മാതത്തിൽ മൗതോ മൗതുവാകുന്ന മാതൃ എന്താകണം തറക്കിയാണോ ജിസ്മംഗത്ത് അപരിച്ചാണോ അപ്പൊ ഈ ലജ്മുദ്ർ തുലോ ഇതൊക്കെ ഉണ്ടല്ലോ മേൽഭാഷക്കല്ലേ അത് തുലവിലേക്ക് തുടങ്ങണം അപ്പൊ ആ നക്ഷത്ര പതിക്കാൻ ഇങ്ങനെ വിളിക്കാൻ തോന്നി തന്നേരാട വിടണം ഈ മൗദൂർ ഉദ്ദേശിച്ചാണ് ജിമാ മന്ദശ്യാക്കള മോഹന്നുകൾ പറയുന്നത് അത് ഉപസാക്കറിയാം നാഗ്യങ്ങൾ പറഞ്ഞ ഉപസദി മന്ദശ്യാകള മൗതൂറും ഊഫിയാക്കള മോതെന്ന് പറഞ്ഞ ശരീരം മാറ്റി തീകളെ മോഹന് തന്നെ കൃഷിയില്ലാത്ത അറിയത്ത എന്തിനായി രപ്പെട്ടതിന്റെ ഊന റോഹന്റെ നുഹൂർന്ന് വേണ്ടിയിട്ട് എന്റെ നിലനിൽപ്പിന് വേണ്ട നിലനിൽപ്പിന്നെ തടിയില്ലോ പക്ഷെ നുഹൂർ വേണ്ടേ പ്രവർത്തനങ്ങൾ നടക്കണ്ടേ അതിന് വേണ്ടി അത് അതിൽ നിൽക്കാൻ വേണ്ടിട്ടു പഹുവ ഈ ജിസ്മുൽ മോഹു അത് കാല ബിരാദിനെ കൂടുപോലെയായി എന്നെ കസ്റ്റി എന്നെ മുത്തായി സങ്കല്പിച്ചിപ്പിന്റെ സ്ഥാനത്തായി ഓ മാർഗ തുഹു അപ്പൊ ഈ ജിസ്മിന്റെ മാർഗം എന്തല്ല മാദ്ദാക്കന് കുടിക്കല് അതിനെന്തെല്ലോ താരങ്ങൾ ചെയ്യാനണ്ടേ അതാണ് മാ യോമ ബിഹിത്തിൽ ആദ ആദത്തിൽ ആ ശരീരം നിലനിർത്താൻ ആവശ്യമായ എന്തെല്ലാം വസ്തുക്കൾ വേണമോ അതാണ് മാഗ കല്ലി വസൂതി വന്നി മാതി മുതലായ നല്ല മാത്രമല്ല വയസ്സ്പുതൊക്കി അതിൽ ഉൾക്കൊള്ളും മാ യക്കോമബിഹി മായനാഹു ഇതിന്റെ മായന നിലനിൽക്കാൻ വൃന്ദ അറിയല്ല അതിനെ നിലനിൽക്കണ്ടേ ഇതുപോലെ ഇസ് ജാഹു മാറി ഇതൊക്കെ ഇതിന്റെ പിന്നെ പുറയുള്ള കാര്യങ്ങളാണ് അതും വരും മുക്കമ്മ ലാസി അതിനെ പരിപൂർണമാക്കുന്ന കാര്യങ്ങളാൽ സമാ ഈ പറയപ്പെട്ട മാതകളെ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം ചോരായി ജൽബാലും തത്താലും അഷ്ടെ പിടിക്കാൻ ജൽബി തള്ളിക്കടയിലാണ് അതുപോലെ തഹസീലാരും തസ്മീലാലും ഇല്ലാതുണ്ടാക്കലാണ് തഹസീലിൽ ഉള്ളതിനെ വർദ്ധിപ്പിച്ചിട്ടു എന്ന പ്രതിഭക്ഷത്തി കത്തിക്കലാണ് ഏത് തസ്മീൻ പയ്യ അങ്ങനെ വന്നാൽ ഈ നബ്സ് മുർത്തഹീനത്തുംബിഹി ഈ ശരീരം കൊണ്ട് മുഴുവനും മുർത്തഹീനായി മഹബൂസത്തും മഹമ്മദിനും അടൊപ്പം ഇതിൽ വർക്ക എന്നാണത് അതിലെന്താ വാദിക്കാനും അതിലെന്ത വാചിക്കൻ എന്ന് പറഞ്ഞാൽ യാതൊരു മഴ യോജിക്കുകയാണെങ്കിൽ അതിനോട് ലഘിപ്പിക്കണം ഇതിലുള്ളത് വർക്ക അതെല്ലാം തന്നെയല്ലേ നീ മേലോട്ട് നിരാനേതാണ് നീ ശരീരത്തിന് അതിരാനെന്ന് പറയുന്നത് അതിരാനും അല്ലാത്ത ശരീരത്തിന് കൊള്ളിച്ചു എല്ലാ പടപ്പുകളെയും നീ മറികടക്കണം സാധിക്കണം രസം അടിക്കാം അപ്പം അതിലൊക്കെ അത് ഒരുപാട് പണിയും ഒരുപാട് അമലം ചെയ്യണ്ടേ ആ അമലും നീക്കാത്താക്കി കാണാനും പാടില്ല അതിനെ للمحظة الفانية لنقل مراد في, في زبالك من زبال يعني مراد فلن زبال ورن نسانية حلق لك نقل على زبال ونقل على مقصود لكن زبال يعني على قصول الله فما ذا من لابده مقبلا على دنياه مشتغلا بتحسين عمومه وهضاه عيك دنيان دنياه إنما الإكبار جيد حلق لتحسين عمومه ومشتغل مع عيك دنيان لا يطمع في الرحيل لا حضات مولاه لكل رحيل قوديه وكندا نا اول فاذا قام بان ماضت صحته ابحث عن الوعديل من باي باي كانا ما تنصلا لا مقل سنتان عندها فاذا قام بان ديك لوير مرغيد هذا الحركه تدور قال لنا لا അവന്റെ നെഫ്സിനത്തൊട്ടും പറപ്പുകൾ ഇത് മൂന്നിനത്തോട്ടും അവൻ സാഹിദാവുകയും ചെയ്താൽ ഇദറാഖി പിറക്കീ അവന്റെ ഇദറാഖിന്റെ നജുമ്പോ അത് അശുദ്ധമായി സങ്കല്പിച്ചിട്ട് ഇദ്രാഖ് അതാണ് വെറുക്കുന്നപ്പം പറഞ്ഞത് ആ ഇദാഖിന്റെ നജുമു തുടങ്ങും എന്തിൽ തുടങ്ങും പിത്തറക്കി തറക്കിയിലേക്ക് ആരംഭിക്കും اورتے کولو तरकीला अपरफीन ताळूकडे तरी येखुलो लेकू येखुलो तरकी इन इलाह अदिन इलाह अदिक तरकीने गुडलो ओ पनाय जान्य वाती नो दिने दि तौहीद अलफआन तौहीद अलफ आला जमे लजिद दूर नवरद कोंडे इचो इलाह यतरी आही कमर तौहीद अलसिफात ടവഹൈൽ സിഫാകുന്ന കമർ ഉദിക്കുന്നത് വരെ ലജിമിലാൽ നടന്നു പണ്ടല്ലംസ് മൂന്നാക്കി രമൂപ്പാ കശ്മികൾ ലജിമാണോ കുറച്ച് പ്രകാശം കുറവ് അമറാണെന്ന് കുറച്ചും കൂടി പ്രകാശം കൂടി രണ്ടിനേക്കാൾ പ്രകാശം കൂടിയതാണ് ശംസ് അപ്പൊ ടവഹിൽ അപ്പൊ അപ്പാനുള്ള തവഹൈത് ലജിമാക്കി അത് ചെറിയൊരു മർത്തവ്യാണ് പ്രകാശം കുറച്ച് കുറവ് കമറുനാഥ് ശംസിലേക്ക് എത്തിച്ചു അതാണ് തുമ്മുശിഫി ശംസ് തൊഹിരി തൊഹീർദാഥിന്റെ ശംസാണ് അന്നേരം പ്രകാശിക്കുന്നു അമ്മൂ ടഹിബിരണ് പഴയ പോലും പറയും അങ്ങനെ പാട്ട് ശംസോമൻ ഓ ഹൈബോലിൻ പല ان الشمس تنغاري في الليل ثم في البعيدها واتموس القلب ليس تغيبوا لكن الناس اللي يجيون اصلا هو مجاز سينه اصلا اور اللي ان الشمس تغرب ليلنا اذا هويد واتموس القلب ليس تغيبوا ഇവിടെ സമൂഹത്തിൽ ശൈലൻ നല്ലത് അതർത്ഥി മൻഹിഖു ഞാൻ ആരെയാണോ മഹബത്ത് വെക്കുന്നത് അവന്റെ ശംസിക അവുന്നുണ്ടാ അതാണ് കാത്തിച്ചൊരിക്കില്ലേ അതിച്ചു ചെറിയ അസ്തമിക്കോ ഇല്ല അപ്പമാ ഇനി ആ ശംസിനോട് ഓമ്പി എന്നത് ഇനി തുറന്നു വരുന്നതല്ല അപ്പോ അസ്തമിക്കാത്ത സൂര്യനായി മാറിയിരിക്കുന്നു എന്താ വിത്യാസം സാധാരണ സൂര്യനിക്ക അസ്തമാനം ഇന്ന ശംസന്നഹാറിൽ രാത്രിയാകുന്ന അവസരത്തിൽ ശംസുന്നഹാർ അസ്തമിക്കാറുണ്ട് പക്ഷെ ഷമോ സുൽക്കുറവും നെയ്തത്തറീമോണം قال بلو رجل سورياً اعتمد يكتو صغيراً وانا آه ايه مصري باطل ليني بوزهك مجرق ومالامه في الناس ذاري عنات في طبخ اللام ونحن في موء النهارين ليلة الراكري عنده بوزه مندق فرغاشي قدرات ോ ലൈലിൽ ഇരുട്ടുണ്ടല്ലോ അത് സാറി പിന്നെ ജനങ്ങളി നടക്കുന്നുണ്ട് നിങ്ങളുടം കണ്ട വകേരി എന്റെ ലൈലെല്ലാം പോയി അന്നാസ് ജനങ്ങളോ ഈ സദഫീൽ വരാം സദഫ് നടത്തുന്ന സവാദുല്ലൈലെ നടക്കാമോ സവാബുല്ലൈ രാത്രി ഇരുട്ട് കുറിച്ചുണ്ടല്ലോ അതിലാ ജനങ്ങളുണ്ടത് വാ ലഹരിയോ ഈഹാറിലാവുള്ളൂ അവരൊക്കെ ഇരട്ടത്തേക്കും നമ്മൾ കുറിച്ചു قال يا سيدي اذهب الرحمن مجدوب رب الله ورب <تصفيق> الاله تنعهار وللكمر ولا ابقى الا ربي ان الناس صارت محمد صلى الله عليه وسلم وانعت كن لي قلبي في لينقيلن دي يكون باه بتكين البو بتكينك الله قبرني كانه نهار وديتيكو ಅವರನ್ನ ಅವರು ದೇಸಿಗೆ ಸಮದಾನ ಪ್ರವೀತದ ವಲಅಅಬಕ ইলಲ ರಬ್ಬಿ ಅಂತ ರಬ್ಬಿನ ಅಲ್ಲ ನಾನು ಬಾಕಿಯ ಕಾಣಲಿಲ್ಲ ನೋ ಬಾಕಿಯಲ್ಲ ಬರಾಯಿ ಅನ್ನಾಸ ಝಾದತು ಮೊಹಮ್ಮದನ್ ಎಲ್ಲ ಜನಗಳು ಮೊಹಮ್ಮದ್ ಸುಲ್ಲಲ್ಲಹ ಅವರಿನ್ನ ziyaret ಗೆ ಹೋಗಿದ್ದೆ ವಾಲ ಯಾನೋ ನಬಿ ಸುಲ್ಲಲ್ಲಹ ಅವರ ಕಲ್ಬಿ ತಿಂದ ಪವರ್ತಿದ್ದೆ ಒಂದು ಬಿನ್ನಾಸ್ತಿ ರಣ ಹೋಗೋನು ಪ್ರದಕ್ಕೆ ಗೆ ಕೊಂಡಿಯರು എല്ലാവർക്കും അവളെ അങ്ങോട്ട് കാണാൻ പോകുമ്പോ ഞാൻ എവിടെ അങ്ങനെ കൽവിന്റെ ഉള്ളില വെച്ചിരിക്കുന്നത് അപ്പൊ വെല്ലുമുള്ളിൽ തന്നെ അവൾ തന്നെ കാണാനോ വൈത്തപ്പോ അധികം ഒന്നധികം പെരും അന്നാണു മുഹമ്മദ് അത ഇപ്പം വിത്തപ്പിക്കാൻ അങ്ങോട്ട് മുറങ്ങും ഈ ഫോർമാലിറ്റി വേണ്ടാതെ തന്നെ ഊപ്പർ തന്നെ പറയും കാര്യത്തിനടു ചെലത്തിൽ വെയിറ്റ് വെക്കാത്തത് അപ്പൊ ചാരി എന്താ പറഞ്ഞത് അത് മൂപ്പറങ്ങനെ ചെറിയ വെയിറ്റ് വേണമെങ്കിൽ മൊത്തോട്ടെ കാര്യം പറഞ്ഞാൽ പറയും ഈ പൊത്രയ്ക്ക് ഒക്കു എന്നൊക്കെ വെയിറ്റിന്റെ മുതലേലൊക്കെ മറക്കണേ നിങ്ങൾ നമ്മടെ പറയപ്പെട്ടല്ലോ എന്ന് പറയുന്നത് അയാൾ തൊക്കെ ആരാ പറഞ്ഞ് ചാലി ചെയ്യും إِلَّا عَيَّا كَثِرِ بَرْتَبَدَّتِ لَنَا شَمْتُ النَّارِ مَا شَرَتَ فَنَمْ يَبْقَ بَوْءُ النَّجْمِ وَالشَّمْتُ طَالِعُونَ كَنَحَّارِ دَا أَصَّوْنِ عَنْ كَوْنِ رَبِّنَا فَطِرْنَا إِلَى نُونِ الْحَبِيبِينُ سَارِعُونَ عينيات تعدلتك بالأكبر لأكبر لأكبر فاطمة من الدو، سعادة إيشان الدو عينيات أمودية من الدو ുന്നു പണം യഥാർത്ഥത്തിൽ ആക്കിയല്ല ശംസ പാടിയ അവസരത്തിൽ കൃഷിന്റെ നെജിമേന്ദ്രാശം അല്ല പോയിതാ ഉത്സൗനിത രണ്ട് രണ്ടര മണിക്കൂർ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടായി കൌനിന്റെ റിത എന്തായി അങ്ങ് ലെങ്കിപ്പോയി ആളത്തെത്ത് റബ്ബിന്റെ കൌനത്തെത്ത് അപ്പൊ റബ്ബ് സുബാന അങ്ങ് വത്താന കൌനിനെ പഠിച്ചു വെച്ചിട്ടുണ്ട് ചിലർക്ക് ഹിജാബാണ് ചിലർക്ക് അള്ളാഹിലേക്കുള്ള വഴികാട്ടിയോ കൌനത്തലിന്റെ കൂടിയാണ് അള്ളാൻ തൊട്ട് ഹിജാബത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടുന്ന ഇഷ്ട വഴികാട്ടി കൂടെ ഇന്ത്യ കൂടെ പോയിക്കോ പോലും മുഖേന കൊണ്ട് പോയിക്കോന്നു അന്നാടെ കാണാൻ അപ്പൊ എന്താ കാണാൻ ഈ പറപ്പുകളിൽ നോക്കുന്ന വസ്ത്രത്തിൽ അന്നാളിന്റെ അത്തരാറുകളും അൻവാറുകളും മൂടിയിട്ട് അഞ്ഞമ്മോളിങ്ങനെ ഒരു ഹിജാബ് ഉണ്ടാക്കി ആ ഹൈജാബ് ആ ഹിജാബിൽ കുടുങ്ങിയിട്ടാണ് മറ്റുള്ള പൊറുമോത്തപ്പെട്ടതുകൊണ്ടാണ് പുസ്തുയത്ത് പറ്റുന്നതല്ല ഞമ്മള് പറഞ്ഞ കാട്ടിലൊക്കിയാൽ മതി ആ എത്ര പൊറത്തു ചടിക്കാതിരിക്കാൻ ഒരു സൗം ഒരു സാവര് വസ്തു കൊണ്ടു വന്നില്ലേ ബുദ്ധാരിയ മറ്റന്നാള് കാണണ്ടിങ്ങനെ മുഖം ഇതിലുണ്ടെന്ന് ഇതാണ് ഹിജാബസ്തവന് എന്താ ഇതൊട്ട് നീങ്ങി അവകാശം വന്നപ്പോ അതെല്ലാം കണ്ട് പോയിട്ട് അവരെ മോണിന് ഹിജാബില്ല ഹിതാവസ്ഥ ഇപ്പൊ തീർന്ന ഇതാ നൂരിൽ ഹബീബിറൂ നമ്മളങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി നിസ്സാരി വളരെ വേഗത്തിലായിട്ട് നൂറുൽ ഹബീബിലേക്ക് ഹിതാവസ്ഥനങ്ങൾ പോയി കശ്മിദാസ് ഒന്നും കൊണ്ടു വന്നിട്ടുണ്ട് അതാ മകനുകൾക്കുലിന്റെ ലാഭത്തെന്താണ് മകനിലേക്ക് ഇല്ലാപ്പാപ്പത്താണ് ഇതെല്ലാം വിചാരമായി സംസാരിച്ചിട്ടില്ല തന്നിമ്മോ പിന്നാവി തന്നെ പ്രതിയൊന്നാകും എന്നുള്ള ദുഃഖം പ്രകടിപ്പിക്കുകയാണ് അല കെല്ലാത്തിമ യുസായോ തീര ആ കാലഘട്ടത്തിൽ മുപ്പതോടെ സഹകരിക്കുന്നാണ് വളരെ കുറഞ്ഞുപോയി എല്ലാർക്കും കുറെ കൊറേ പേപ്പറും കുറെ يزي الله واللاماينا اذا هو اد كان நல்ல numberOfRows கேக்கனாலும் ഉണ്ടாகுல ابورحال فقال يا حضره القائده يا موதி يا قائده الناس الى راكي بتقي ار اي مرضنده مجدانه ادله بدل يا صحابو في هذه المعواكبي ഇതാ മദ്യതാ എന്നാണ് ഇപ്പോൾ ഇതിന് ഇവ മാനേജ് ചെയ്തില്ലല്ലോ മാന്റെ മേല് അത് ഒരു തമാന്റെ മേലെന്താക്കണമെന്നില്ല അവര് കാലത്തിൽ മറ്റു കാലത്ത് ഇല്ലാന്ന് വരില്ല എല്ലാ കാലത്തിലേക്കും അത് അനക്കും വഴുകി വരില്ല എന്നാവില്ല നമുക്ക അല്ല തുല്യതമായി ആ എല്ലാ തമാനിലേക്കും അനക്കുമ്പോ മാതകമല്ലത് എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ ചിലപ്പം നുഹൂർ ഉണ്ടാവും ചിലപ്പം മുത്തൂർ ഉണ്ടാവും കഴിച്ചിട്ട് ഇല്ലായ്മ അതെ പൈനൂറ നവിയ ആ നൂറ് താറത്തുമായി ചിലപ്പോഴുണ്ടാക്കും നല്ല ഉറവ് പൊട്ടി വിളിച്ചിരുന്നു നായുറായി വരും അങ്ങനെ മോദി അപ്പൊ അതിന്റെ അഹനാകും ആ സമാൻ അതിന് നല്ല പറ്റുന്നതാണ് അപ്പൊ മണിപ്പെട്ടാൽ ഒരേ രണ്ട് തമ്മിൽ അങ്ങനത്തെ വരും അപ്പ അതിന്റെ അവസരത്തിൽ ആ നൂറ് അറിഞ്ഞടക്കും ഈ വജൂറിന്റെ തന്നെ എന്തുകൊണ്ട് അപ്പാ അപ്പൊ അതിന്റെ ആ നൂറ് നാല് കാറും പറഞ്ഞുകൊടുക്കും ഈ പത്താല് കാലിക്കൽ സമാൻ ആ സമാന കൊണ്ടില്ല വന്നത് കൊണ്ട് കാര്യമില്ല ആരും ഇല്ലാത്തത് കൊണ്ടല്ല അമ്പിക്കാർ ദേഹം മാടെ വർദ്ധിച്ചത് നല്ല സമാന അത് കൊണ്ടാന്ന് വേണോ ആരാടേ വർദ്ധിച്ചത് ബൂത്വം എച്ച് മൂത്വം ദേഹന്റെ ബൂത്തുകൾ എന്തെല്ലാം ബൂത്തുകള ഞാറീ പച്ചപ്പയിൻറ്റ് ചോന്ന പെയിന്റ് എന്തല്ല എഞ്ചാതി കൊടി വരുത്തിന്റെ കൊടിയല്ലേ ഇങ്ങനെ അങ്ങനല്ലേ പക്ഷെ അവിടെ പോയാലെന്താക്കും തരി പഴയകാലത്ത് കത്തിയുണ്ട് കണക്കിലെണ്ണമുണ്ട് എന്റെ പണ്ടേ ഒരു ഇതുമായിട്ട് പറഞ്ഞല്ലോ അത് മുങ്കത്തിയല്ല പക്ഷെ എല്ലാ കിൻ താറത്തെ ഞെടിയിലുള്ള വേണ്ടി നോക്കും ാലെ പറ്റി അങ്ങനെയാ പറയും ഇതിൽ ആയിരത്തി ഇരുന്നൂറിന് കേരളത്തിലങ്ങ തന്നെയാണല്ലോ നൂറക്കണക്കിന് വലിയ വലിയ കിബാതൽ മുത്തദേഹന്മാർ ജയിച്ചതല്ല ഇന്നായിരത്തി ഇരുന്നൂറിന്ന് പറഞ്ഞു സാധനം ഏതെല്ലാം പാട്ട് ആരല്ലോ ഒരു ഭാഗത്ത് ടൈമുന്നിൽ കുക്കാരിത്തങ്ങള് കോഴിക്കോട്ട് ജില്ലയിത്തങ്ങള് ഇപ്പൊ അമ്പത്തങ്ങള് അപ്പുറം കുറവീനങ്ങൾ നോക്കിയാൽ ഏത് പാട്ട് എങ്ങോട്ട് നീങ്ങിയാലും അങ്ങനെ വടക്ക് മുതലേ ഇങ്ങോട്ട് കേൾ മൊത്തം സഞ്ചരിച്ച് വെക്കിയാൽ ഏതെങ്കിലും അവയക്കന്മാരും പറ്റുന്ന ദേഹം മാറും ഇല്ലാത്ത കാലം ഉണ്ടായിട്ടില്ല അത് മൊത്തം പണിയിലെ ശേഷം ഇക്കാലത്ത് ഒന്നെന്ന് കൈ പിടിച്ചിട്ടൊന്നും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മനസ്സിൽ പുതിയ കാണുന്നില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരില്ല വത്താരത്തെ ചൊറിയൊരു ഹർക്കുപഹാരമൂവതാരം ഊപ്രകാരത്തെ വേറെ ഉണ്ടായി എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലല്ലോ وتعالى يريد الحق تعالى إخفاءكم الله سبحانه وتنبرم رجوك أن نبذيشكم لمن حكمة أرادها الله, الله تعالى الله تعالى حكمة أنت حكمة بشي برد ما ذهي والله يحكم لامعك بل حكمه والله أعلم ثم تعطف طاليا على كل من يبحث معه في هذا العلم ഈ എൽമിൽ പറ്റും സംസാരിക്കാൻ പറ്റുന്ന ആളുകളില്ലാണ്ട് നേരത്തെ കൂടാൻ തന്നെ ആളില്ലാതെ ആരെങ്കിലും വന്ന് അറിയില്ലാന്ന് വന്ന് അറിയില്ല വന്നാലോ ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ ഓർക്ക് ചെയ്ത് ശരിയാവൊന്നുമില്ല ഇത് കഷ്ടപ്പെട്ടേ അതാരി പറയുന്നു പക്കാലിൻ ഇഹ്ബാലിംഗ് സമൂഹമേ അൽമിൻ സാഹിലിൻ ആരെങ്കിലും ചോദിക്കാനാളുണ്ടോ ഞാനെ വന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ആദിയിൽ മസായിൽ ഈ പറയപ്പെട്ട മസാലകളും ഇസലാഹത്തും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊടുക്കുക ആരെങ്കിലും ഓകാൻ വരുന്നോ എന്ന് അവർ പ്രചോദിക്കുന്നു കരുതിരി കരടങ്ങൾ എടുക്കുക നേരത്തെ കേട്ടവെച്ച് പറയുന്നത് കുറാപ്പാത്ത കുത്തി നിർത്താതെ വെച്ചിട്ടുണ്ടല്ലോ അത് ചോട്ടിക്കളയുമ്പോ ചക്രാർത്തിന്റെ വേദനയാണ് നോക്കുക യഥാർത്ഥത്തിൽ ഒറ്റ ഇരായ ഉള്ളു എന്ന് പറഞ്ഞ ബാബുജൻ ഇത്രയും വലിയ ആരുടെ എന്താരുടെ ഉണ്ടായിരുന്നു ഒറ്റ ഇലാന്റെ നബൂജൻ ഇവരെ നഷ്ടമുണ്ടാവും മഹാദി പറഞ്ഞ് പന്ത അത് മാറ്റി നീക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഹെട്ടറത്താണെന്ന് ഇവർക്ക് ഈ മറക്കടവുത്തിവരിപ്പിക്കുന്ന വേറെ ഓരോ നഷ്ടം ഉണ്ടായിട്ടില്ല ഇവിടെ നല്ല ഹക്കാൻ എബീം എന്ന ഒറ്റ ഇരായനെ ആരാധിച്ചാൽ യബൂജൻ ഇവർക്ക് പക്ഷേ എന്നുണ്ട് ഒന്ന് ഊറ്റി വർദ്ധിക്കപ്പെട്ട ഒന്ന് മനസ്സിന് മാറ്റുക എന്ന് പറഞ്ഞാൽ ആ റോയിനെ പിടിക്കുന്ന കാര്യം ഇരിക്കുന്ന അല്ല ഈ കുറാഭാത്ത മാറ്റുമ്പോൾ മറ്റുള്ളവർക്ക് സാധാരണ ഇതിന്റെ കള്ളി ഭയങ്കര ചൂടാകുന്നതിന്റെ കള്ളി വല്ല കാര്യങ്ങളുണ്ടോ ഞാനിതിന് മത്താല കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കാനിസ നമുക്ക് ഉത്തരം ചെയ്യാം നമ്മളുണ്ട് നമ്മൾ അന്നും എന്നും എന്നും തയ്യാറുണ്ട് അല്ല ഫീ ആദൽ പന്നി ഈ പന്നിലുള്ള മുതാക്കറ ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞോണ്ട് ചോദിച്ചുകൊണ്ട് ചെറുത്ത വർത്തിക്കൊന്നും കാര്യം എടുത്തിന് അത് മീനൽമൂറിൽ മുക്കറ ഈ വളരെ അതുകൊണ്ട് ഫലാബുദ്ധ മീൻ സുഹമ്പത്ത് ഇഹ്വാൻ കുറെ ഇഹ്വാൻ നിങ്ങളെ സുഹെമ്പത്ത് കൂടാണ്ട് കഴിക്കുക എങ്ങനെ ഈ ഓണു അകം ഫീനാദൽ പന്നി ഈ പന്നിൽ ഉണ്ടാക്കാവുന്ന ആഴത്തിന് കൂടി സഹകരിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിദത്തിന് വേദി അനിവാര്യമാണ് മക്കാലും കാലു അവർ പറഞ്ഞു പഹുമോ തസ്തുറൈനി അപ്പം മീൻ നിക്കുന്നു ടിഫറൈനിന്ന് പറഞ്ഞ് ഇതുമ്മോ ഉണ്ടു തത്തര് ശനിക്ക് പഹുമ ചെയ്യും കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അത് അഫറനാണ് രണ്ട് തിഫര് മണപ്പാറാക്കന്നെ തിഫറേടുകൾ രണ്ട് ബോളി മേര് കാണാൻ പാടാക്കുന്നേക്കാളും രണ്ട് വരി മാത്ര പകങ് ചെയ്യരുത് എന്നാലോ അപ്പൊ സീറ്റിനയിൽ രണ്ടാൾ കൂടി ഇതിങ്ങനെ ചർച്ച നടത്തലോ അഹ്ലിൻ ഹാറ്റൈനി മേൽപുറയപ്പെട്ട രണ്ടിനേക്കാളും അപ്പമര ഏതാ രണ്ട് ഒന്ന് രണ്ട് വരിന്റെ സസറിന്റെ പകങ് മറ്റൊന്ന് ലേറ്റത് ആ രണ്ടിനേക്കാളാണ് അഫനരേത് രണ്ടാൾ കൂടി ഇങ്ങനെ ചർച്ച നടത്താം ചോയ്ക്കോത്രം പറയാൻ ചോദിക്കുക ചെയ്തോണ്ടും അതിനെപ്പറ്റി മാറ്റ് ിയ അൽ ജമാഅലു ലിത്താനിയ ലിഖിർ നടക്കുന്ന അവസരത്തിൽ ജമാഅക്കലാണ് അപ്പനലു എന്നുണ്ടല്ലോ എന്നതുപോലെ കഥ അരിക്ക് ലിക്കുറ കൽ കൽക്കിർ അല്ല വയ്യൽ ഫിക്രത്തു അതാണ് ഫിക്രത്ത് അൽ ജമാഅീഹി അപ്പുനലു അതിലും ജമാഅത്ത് അപ്പനാകുന്നു എന്തിനേക്കാളാം ലിഖിറ അതിനെ കാണാം അപ്പൊ അതുകൊണ്ടെന്ത് വന്ന് വൽ ജമാൽ ഫിക്ര ഫിക്രത്തിൽ ജമാഅത്ത് പോണെന്നല്ലേ പറഞ്ഞത് അതേതാ അയ്യൽ മോദാക്കും അറുബാബിൽ പന്നി ഈ പന്നിന്റെ അറുബാദികളുമായിട്ട് ഇങ്ങനെ മൊതാക്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള ജമാനത്തെന്നുള്ള സാധനം കൽമീയായ വിജയങ്ങളിൽ ജമാഅത്ത് എന്നുള്ള സാധനം എന്താ ഓരോരോരോ മൂലക്കിട്ടിട്ടിരിക്കുന്നല്ല കൽമീയായ കാര്യങ്ങളില് ജമാഅത്താക്കിയ കൊണ്ടോ രോഗത്തിനെല്ലാ രോഗം ഓണോണ്ട് കൽബറ്റുകൾക്ക് അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇതിൽ മുതാക്ക നടത്തലാണ് ഭയുന്ന ഇതിറാക്ക തിക്കിറാത്തി മുതലാചത്തിന് കാരണം ഓരോരുത്തരുടെ നോക്കനും ഓരോരുത്തരുടെ തിക്റാത്തിൽ എത്തിയിട്ടുണ്ടാവും പണ്ടും പറഞ്ഞില്ല അത് ഒരു ഈ ഇമാറത്തോ ആയാസോ അരിയിട്ട് എത്തി കഴിഞ്ഞിട്ട് ഓരോരുത്തരും ചിന്തിക്കാൻ ചെയ്തിട്ട് പറയും പണ്ടും മുതാക്കളുടെ ഭാഗത്ത് കഴിഞ്ഞു പോയിട്ടു അപ്പൊ ഓരോരുത്തർക്ക് എനിക്ക് ചിന്തിക്കെന്ത് കിട്ടിയത് എനിക്കെന്താ കിട്ടിയത് നിനക്ക് എന്താ എനിക്കെന്താ കിട്ടിയ നല്ല നോട്ട് പറയും എന്നിട്ട് ആകെ തുക കൂട്ടുമ്പോൾ മജിമോത്തുന്ന് പണ്ട് മറിയല്ലോ ഓരോ മടക്കുകയെല്ലാം കഴിയൂല എല്ലാം പണ്ട് പറഞ്ഞു അപ്പൊ ഓരോരുത്തരുടെ പക്കന്ന് വിവിധങ്ങളായ തിക്കിറാതി ഇതാക്കി ചെയ്താൽ ആ ഹെത്തനവും അതേറ്റവും നല്ലതാണല്ലോ മീൻ ഇതാക്കി തിക്കിറത്തിൻ്റെ വായ ഒരാട്ട് ഒറ്റ ടിക്രത്തിനകത്താണ് അബുദന അതല്ലേ പലരുടെയും ചിന്താഗതികളിങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിൽ നിന്ന് ഒരുത്തിരി നല്ല രീതിയിൽ രൂപത്തിലേക്ക് ഈ പറഞ്ഞ എല്ലാം തന്നെ മഹാനി മാനിയാകുന്ന ബിരാതിലേക്ക് കടന്നാക്കേ നടക്കുള്ളൂ എല്ലാ നിങ്ങാതെ പറഞ്ഞ പോലെ ഇറക്കാൻ നമ്മക്കിപ്പോൾ അടുത്ത ബസ്സിന് പോകണം നമുക്ക് ചോറും പെയ്ച്ചിട്ട് ബസ്സിന് പോകണം എന്നു എന്നതോടെ ഈ ചിക്കറാസ് പറഞ്ഞിട്ടുണ്ട് ഓർഡുകഴിയില്ല അതെല്ലാം മറ്റുള്ളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് മഹാനിയിലെ കാലത്തിൽ ഇറങ്ങുന്ന ആ ബിരാതൽ മഹാനിയതാ മാനിയാകുന്ന നാട്ടിലേക്ക് കറന്നു കിടന്ന ആക്കയെ തകരിപ്പിക്കാൻ കഴിയുള്ളൂ ഇല്ല യും ഫിഗ്രീം വാഹനത്തിന്റെ അപ്പം അവിടെന്താ പിന്നെ ഉള്ളു ഒരാൾക്ക് അച്ഛർ ഉപയോഗിക്കാന്നല്ലാണ്ട് വേറെ അറിയിക്കൂലല്ലോ നീമായും ആ കൈ അതെന്നൊക്കെ ഒരുമിച്ചുകൊണ്ടാന്ന് അറിയിക്കൂല ഇപ്പൊ ചിന്തിക്കുന്നൊരു പാടുനെ തൊട്ട് എന്താക്കും നമ്മളെ പറ്റൂല മൂലക്കെ നമ്മളെല്ലാം പടക്കാന്ന് പറഞ്ഞിട്ട് വേറെ നെപ്സിങ്ങൾ ചീത്തങ്ങി വലിയ കാര്യത്തിൽ കഴിഞ്ഞു പോയെന്നു പറഞ്ഞാൽ وقال تيدي علي بن عمران رضي الله عنه بيقولوا ان ذل سوى عليه في افضل من العزتي عز्रത്തിനെકાന افضلാന ആളിബിനോടോപ്പം ഇരിക്കൽ എന്നതിനെ വൽ ഹുസ്റത്തു അഫദല മിൽ ദുൽൂതി മൽ ആമ്മതി ആമ്മതിനോടോപ്പം ഇരിക്കുന്നതിനേക്കാണ അഫദലേദാനു ഹുസ്നതിലെ അല്ലേ അപ്പം ഹുസ്റത്തു അഫദലൈ മറ്റേ സ്ഥലത്ത് പറഞ്ഞേ ോടം ഇരിക്കലാണ് അഫതൽ മുനാക്കന്മാറൊക്കെ ഇരിക്കുന്നതിനാൽ കാണാം അലിമികളൊക്കെ അല്ല അലിമി വേറെ മിജാക്കന്മാർ വേറെ രണ്ടാണോ രണ്ടൊര അപ്പത്തി കാണാൻ പാടാം പണ്ണമണി വേറെ തന്നെ മാറി അത് പണ്ട് പറഞ്ഞിട്ടുണ്ട് അമ്മത്തിനോട് ഇരിക്കൽ അഫമലാണ് എന്നതിനെ കാണാം മിനിയാക്കന്മാറൊക്കെ ഇരിക്കുന്നതിനാൽ കാണാം അതിലൊരമ്മ ഉദ്ദേശിക്കുന്നത് അത് പവല്പത്തിന്റെ പകല് അമ്പു ഷഹീറു അത് വളരെ പ്രസിദ്ധമാണെന്ന് മുമ്പ് പറഞ്ഞു ദിമാഫീമിനെ താകുനി ഹൈറായ കാര്യങ്ങൾക്ക് ഒരു താവിനുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത എനിക്ക് പഠിപ്പിക്കാം അപ്രിക്കുന്ന എനിക്ക് ഉണർത്താം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോധവൽക്കരണം അവിടെ നടക്കുന്നുണ്ട് ഒന്നില്ല അത്രയും സമയം ഉണ്ടാക്കും ചെയ്യാതെ ഇഷ്ടപ്പെടാനോ ഒരു മണിക്കൂർ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ തൊണ്ണൂരില്ലാണ്ട് ചിലാമത്തായ ലോൺ ഒന്നും കിട്ടണ്ട പൊതുലേ വാണന്നാവല വട്ടാവനോ അനൻ ദിർ വത്തുവാൻ തല പറഞ്ഞിട്ടുണ്ട് ദിർലിയും തക്കുവാക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സംഘടിക്കണം സഹരിക്കണം നന്നാത്തല വഹിയറജ്നൻ നിങ്ങൾ നല്ല ബോധവാനായിരിക്കണം എപ്പോഴും <ợpt> yup ി ലഫ്റ്റിക്കാന നിങ്ങളെ നഫ്സിന് വേണ്ടി നല്ല സുഹൃത്തുക്കൾ നിങ്ങൾ വേട്ടയാടി കൊണ്ടുവരണം അവിടേക്ക് പോയിട്ട് നല്ല സുഹൃത്തുക്കട കിട്ടിന് ഓരോ പേരും അഡ്രസ്സും കാണേണ്ട തരുന്ന അടങ്ങാത്തിനോക്കണം ഇർത്താതെ ഇർത്താന്ന് വെച്ചിട്ട് വട്ടയാടാൻ പോയി ഏത് അഹാബട്ടെ ഏത് തായിബാട്ടെ എന്റെ സന്തോഷത്തിന്റെ നിന്നോടൊപ്പം സഹകരിക്കാത്തവരുണ്ടോ അത് മുഴുവൻ നീ തള്ളിക്കളയണം പൈൻ ഹോമലിൽ അത് അത് വായിക്കാൻ നന്നാട്ടെ എന്റെ മത്തത്തിൽ സഹായിക്കുന്ന ആളെ കൂട്ടം പറഞ്ഞു നമുക്ക് മക്കാൽ എബിനാദ് റബിയാണു നോക്കി നെളിൽ ഹിക്കുമതി അല്ലാത്ത മല്ലായുക്കാരുമോ അനായുധലക്കാണെന്നായി മക്കാദിന ഹൈക്കമുണ്ടല്ലോ അതിന് എബിനെബാദ് ജനവ് ബൈറ്റാക്കി ഞാൻ ഇനി വൈറ്റാക്കി അത് നോക്കണം നല്ല ഈ إن التماخي فضله لا ينكرون وإن خلا من شرطه لا يشكرون تماخين ونبارت فرن تحمدر محراء حل آخا يواخين وإله بارت فرن تماخين تحمدر محراء حيث يخواني قرابل عدن دفضلي ورعالكم نشاديكا انجريات را وإن خلا من شرطه إيه تماخي كجلة جارتة قررونده ആദ്യമില്ലാണ്ട് വന്നാലോ ലാ വിഷ്കുറു അത് അഭികാമ്യമല്ല അത് അത്ര വളർന്ന അല്ല എന്താ ചെറുത്ത് നോക്കാം ആ തവാഹയിലുള്ള ചെറുത്ത് അൻതുവാഹിയൽ ആരിഫ ആരിഫായ മനുഷ്യനെ ആയിരിക്കണം നീ സഹോദര്യബന്ധം കിട്ടുന്നത് പാണ്ഡിത്യുണ്ടാകണം അതിനെപ്പറ്റി അറിവുണ്ടാകണം മാത്രമല്ല താരിഫൻ അനിൽ നെഫ്സിന്റെ എല്ലാ അന്തുകളൊക്കെട്ടും മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള തിരഞ്ഞുനോക്കട്ടല്ല അത് കിട്ടണം ഇത് കിട്ടണമെന്നില്ല ആ രഹുമേക്കെല്ലാം താരിഫായ ഒരു മനുഷ്യനെ ആയിരിക്കണം ഈ നെഹ്റു കിട്ടേണ്ടത് ഓറും അരിപ്പുണ്ടെന്ന് അറിയില്ല അവന്റെ മക്കാൾ പുറമെ പ്രകടമാക്കുന്ന കാര്യങ്ങൾക്ക് മക്കാളെന്ന് മൊത്തത്തിൽ പറയും ഹാന ഉള്ളി മറിഞ്ഞെടുക്കരുത് അത് രണ്ടു തീയണി ആയിരിക്കണം അപ്പൊ വാഹിറൊന്ന് വേറെ ബാത്തിനൊന്നു പോരം അത് ഉണ്ടാകാൻ പാടില്ല അതിനോ തിരുക്കുന്ന പോയി പിന്നാഹനെ കൊണ്ട് എന്നാതെ അവർ ശരിക്കും പാടില്ല അപ്പൊ അങ്ങനെ വേണ്ടി അങ്ങനെ ആരിപ്പ് മുക്കുറാക്കി ഇപ്പൊ മാതാ അപ്പൊ അങ്ങനെ മുക്കുളാവുമ്പോ വൈത്തൊക്കുന്നില്ല ആളാ പക്ഷേ ശരിക്കും പറഞ്ഞാല് അങ്ങനെ അങ്ങനെയാവട്ടെ നമ്മുടെ അങ്ങനെ നമ്മളെ വായിക്കുന്നു അങ്ങനെ കൊച്ചു അങ്ങനെയാവട്ടെ പോന്നോ ഈ മറായ അൻവറുഹോ ആരിഫായ വ്യക്തിയുടെ അൻപാറ് നിന്നിൽ എപ്പോഴും നിങ്ങൾ കറണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിക്കൊണ്ടേയിരിക്കണം അദ്ദേഹത്തിന്റെ അൻപാറുകൾ നിന്നോട് ആര് ആയത്തിൽ അതായത് അദ്ദേഹത്തിന്റെ പരിഗണന അങ്ങനെ ഇന്ന രീതിയിലാവണം ഇന്നതാവല്ലാന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ ഛർദീലി മക്കലാണോ ആയത്തിൽ എന്താവരുത് ആര് ആര് നിന്നെപ്പോഴും എങ്ങനെങ്ങനെ ആയിക്കോട്ടെ എന്ന് കൈവരിക്കാൻ പാടില്ല അതാരി ആയത് ഇന്നത് മാതിരി എന്നൊരു പ്രത്യേക വേണ്ടുക അവരുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുക എന്റെ മക്കൾ ഇന്നതാവണം ഇന്നതാവരുത് ആ ഇനാഴത്തിന്റെ ഫ്ലയറോട്ടായിരിക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് അത ഇനക്ക് അതിനെ തിരിച്ചിരുന്നു കണ്ടുപോയി അത് ചുറ്റിപ്പറ്റിയിരിക്കുന്നു ഈ ശർത്തിന് ഇല്ലായ്മ ആക്കപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിനെ അപ്പ എന്തുകൊണ്ട് ബീസ് നമ്പർ അത് അയാൾ പരസ്യമായിരിക്കുന്നു அதன்னetter al-iskuru nu adinathilana adu vadichu poi inda limbī suhbatun yaqid wa haban ibada thabich edukunna aa suhbatum magala vin padavilakikira indo ni shartil la ni mal kaasenu kandu akta' bi suhbatun yaqidha indo al faqidu haza tarta ee shartil la ma akku undu karanam li annahu ja ra biha ma haatina wa naftuhu da tu'tiraril aamina കാരണം അല്ല ഈ ഒന്നിച്ചു കൂടാൻ പോയ മൊന്നിരുണ്ടല്ലോ ഇയാള് നമ്മ അയാള് കാണും വിഹ ഈ സ്വഹമ്പത്ത് മുഖേന കാണുന്നെന്തുകൊണ്ട് മഹാത്തിനും അവന്റെ ഗുണങ്ങളെ കാണും ഇവ സ്വരംബത്ത് കെട്ടാൻ പോയി ലോകം ഇവനെക്കാണ് കുറച്ച് മോചത്തിനാണ് ആകേണ്ടത് ചെയ്ത് അപ്പോൾ ഇവ മോന്ത മനസ്സിലാക്കും നന്നാകാൻ വന്ന ഞാൻ അന്നാക്കണം മോശക്കാരാണ് അപ്പൊ അയാളെ ഞാൻ കാണണം അല്ലാളെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് പെരിയാളെ കാണാൻ പോയാൽ ഇയാളെ മാറി രാവണയിൽ നിന്ന് ഇവന്റെ കുറവല്ലും എനിക്ക് ബോധ്യപ്പെടുന്നു ഇവന്റെ സ്വയം ഗുണങ്ങൾ ഇവിടെ നന്നായി കാണുകയും ചെയ്യും മറ്റവന്റെ മോശം അവിടെ കാണാം അപ്പൊ ഇവന്റെ താരതമ്യേനെന്ത് ചെയ്തു അദ്ദേഹത്തിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ട ആരാണ് എനിക്കുള്ളത് തോന്നുന്നു തോന്നുമ്പോൾ ഇവൻ ഓറൂറിൽ കുടുങ്ങുകയും ചെയ്തു ആവീരത്തും രാത്രി ഓറൂർ ഉടയിലും നല്ല നിർഭയമായിരിക്കുന്നു ഓൺലൈനുമായിട്ടുള്ള കുഴപ്പമൊന്നും എനിക്കില്ലല്ല ഞാനതിനേക്കാൾ താരളമേനെ ഒറ്റപ്പെട്ട ആളായിട്ടില്ലെന്ന് വലിയാളത്തെ കുടുംബം എന്താ ഉണ്ടായിരുന്നത് ഞാനാള പറഞ്ഞല്ലോ നമുക്കെന്തല്ലോ പോരായ്മ ഉണ്ടെന്നാണ് പഠിച്ചിരുന്നത് ഈ ചെറുത്തൊക്കെ വന്നപ്പോൾ നമ്മളെ മഹാത്രികൾ ഇങ്ങനെ വൃത്തി വരും ഓന്റെ കുറവുകളൊക്കെ വിളിപ്പിടും ഓനെക്കാണ് നല്ലതാണ് ഞാൻ എന്നുള്ള തോന്നലും വരും അപ്പൊ ഓറായി ഇത് എവിടെയാണ് ബൈറ്റ് അമൊല്ലി കൗലി സിക്കമിന്റെ കൌലി വീത്താക്കിയതാ ഹാലുഹൂ ഹാലി മക്കാലി ആ മയാളൊന്നിക്കിൽ സംസാരിക്കുന്നാണ് അല്ലെങ്കിൽ സംസാരിക്കാത്താണ് സംസാരിക്കാൻ എങ്ങനെ حالത്തി ആണെങ്കിൽ നമുക്ക് പ്രയോജനം നൽകണം സംസാരിച്ചാൽ അയാൽ അല്ലാഹുവിനെ അറിയിക്കുന്ന കടാമാണ് കീബോഡ് അപ്പോൾ രണ്ട് حالലും മഖാറിലും നിന്നോണം നമുക്ക് റൂഹുകൾ നൽകണം നമുക്ക് പരിണ്ടാക്കണം അതിനപ്പം പറഞ്ഞതാ റബ്ബ മാ കുന്ത മുതീ അൻ നീചരപ്പോൾ കുറ്റം ചെയ്ത ആളാകും ഇകൂട മോമനരോ പറയുന്നു അപ്പോൾ ഫറാക്കൽ ഹിത്താനു ഹിത്താന منك وعراك فعراك نفعي لانه رمضي شعر يالفرندن وانه الوطن جامعة تبعي لإبارة الحلاتية عراك نفعي لانه رمضي شعر فعراك سعر ده نينة سعر محلوكي وانا شعر عراك للدعمة إلى من هو أصبر حال منك نينة قال مواثب بطا حال لأيه ورمه سنة كولنين ذاكي സ്വഹംബത്ത് കെട്ടിയപ്പോൾ ആ സ്വഹംബത്തെ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ആ നെഹ്ത്താനം എനിക്ക് നിന്റെ ഗുണങ്ങളെ ഇങ്ങനെ ഉദിച്ചാണ് ചെയ്യുന്നത് നോക്കട്ട നീന്ത നല്ല നീന്തഓക്കണ്ട നീന്ത നല്ല നിന്നെ മൊത്തപ്പെട്ട കൂടിയ നീന്താനും നല്ല ആളായി നിനക്ക് ഉദിക്കും അപ്പൊ അറാക്കൽ പായ് ഏത് بارك الله فيك من كرهتك الهام ان وصال حال من صاد انا لو বীরেন্দ্রราช 제랄트 놓고 ነው அப்படிங்கறது வெல்லி வா இ لا تصحب من هي صحبه عروه صحبه اخواني ولا صحبه تاعي عليه شيخ الله صحبه تاعي عليه ரெண்டு लोग என்ன ரெண்டு ஆமாம் வா هي صحبته تصحب بي صحبته شيخ ولي اخوات ண்டை யானு விட்டுல പക്ഷെ ഇൻസാരിബിനാട്ട് റോമിയാറിന്റെ ഷേഖാ ഷേഖാൻ അവരുടെ ലക്ഷ്യമെങ്കിലും നിബാറത്തെ അമ്മ നിമാണെങ്കിലും നിബാറത്തെ അമ്മ ആര്ക്കും വേണ്ടി വരും ഷേഖായും പോയുഹി മൂപ്പറ കാലത്ത് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പോയി പോയല്ലോ എന്റെ ദുഃഖമേ യാൽ മുസൂൽ മുസൂലൻറെ ഹനികാരായ സംഘമേ കിട്ടിയെന്നാണ് യുവാക്കന്മാരാന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഓർമ്മണ്ടാക്കി യുവാക്കന്മാരെ മുമ്പ് വിചാരി എന്ന് പറഞ്ഞാൽ മതി ബസ്സം പറയാൻ പിന്നെ നോട്ടില്ല അവർ ആ ഊർജ്ജസ്വലത കണ്ടിട്ട് കിട്ടിയതെന്ന് പ്രയോഗിക്കുന്നു അലാമി ഹബിലി അൽ മോസൂൽ അതിന്റെ മോസൂലായ കരു ഒയല്ലോ എന്ന് പറഞ്ഞിട്ട് മുപ്പതും നിങ്ങളെ ആ കാരം തൈ മറിഞ്ഞു പോന്ന അറ്റുപോന്നു അറ്റം വന്നു കാലം വന്നു അയല്ലോ എന്ന് കണ്ട് ഊപ്പർ കഴിയുന്നു ആ തന്നു പറഞ്ഞാൽ വാ അന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് തഹസുഫു എന്ന് പറഞ്ഞാൽ അഹസ്സു ഏതെന്നെ പ്രകടിപ്പിക്കലാണ് പിന്നെ സിത്തിയ വൽ ഫു പറഞ്ഞാ ഭൂവൽ അങ്കമനസിനവനാകുന്ന ശനമുണ്ടല്ലോ ആ തനമ ഞാൻ കൊച്ചി ഒടിച്ചാൽക്കാണ് ഫത്താന്ന് കയറി അപ്പൊ സ്വന്തം നഫ്സിനോട് ആരാണോ മുജാഹ്ര ചെയ്തത് അവർക്കാണ് ഫത്താന്ന് കയറി അപ്പൊ വൈസും പ്രാച്ചിന്റെ അടുത്ത എല്ലാവരോട് പേര് വന്നു അല്ലെടുത്താ കുടിച്ചത് കാളാ തലഫി സൽ ഹലീൽ അലി ഇസ്സലാമിനെ പറ്റി പറഞ്ഞു കാലു സമയൻ യദ്ഹു ഇബ്രാഹീം ആരാണ് അസ്ലാമിനോടച്ചെന്ന് ചോദിച്ചപ്പോ ഒരു ഫത്താനെ പറ്റി കേട്ടിട്ടുണ്ട് അവർക്ക് ഇബ്രാഹിം എന്നാണ് ഇതിലൂടെ പേര് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇബ്രാഹിം ഇസ്ലാമിന് എന്താക്കി സ്ഥലം അടച്ച വകയിൽ പത്താന്നുള്ള പേരിഴുത്തിന അപ്പോ ഇവിടെ തനീഹയാകുന്ന ഈ സ്ഥലമിനെ ഉടച്ച കാണത്താൽ ഇവർക്കെന്ത് പേരിൽത്തി ഫോത്ത ആന്തിന് ജമാണത്തിയത് അപ്പൊ ഇവിടെ മുറാതാരായി ആ പ്രത്യേക വസൂലാകുമ്പോൾ ആരി പൂനെമില്ലായി അതള്ള അംഗീകരിച്ചില്ലേജാസുലിയും അതെ ഓർ പറഞ്ഞ് അംഗീകാരത്തിയപ്പോലെ ആ ലിയഹും മഹിരുവസൂൻ അവരാണ് വസൂന്റെ തംകീറിന്റെ ഹരികാർ അത് തീർന്നു ഇനി ഇൻസാമവരുണ്ട് ഇൻസറാണ് ലിങ്കിത്താ കണ്ണിമുറിഞ്ഞു പോക്കുന്നാണു വനിയക്കൻ ലാരിഫീനഖലക്കൻ നമുക്ക് പറയുന്നു അപ്പൊ ഇവിടെ കണ്ണി മുറിഞ്ഞെന്നു വെച്ചാൽ ഇവിടെ കണ്ണീര് വയരലുണ്ടിസിറ്റൊന്നുമില്ല അതിന്റെ അറുഭാവിയങ്ങൾ ഒരാൾ പോകുമ്പോൾ വേറൊരാൾ ഒരാൾ പോകുമ്പോൾ വേറൊരാളിങ്ങനെ ജനിക്കുന്നുണ്ടായി അതി കൂട്ടണെടുക്കപ്പെട്ടൊരു സംഘം ഉണ്ട് അതിന്റെ അറബാവിയങ്ങൾ മരിക്കലോടുകൂടി എന്റെ കണ്ണിമുറിഞ്ഞു പോയി എന്ന് പറഞ്ഞ മാതിരിയാണ് പ്രയോഗം മക്കാനീകല്ലായിന കാലത്ത് തീമാലപ്പ മുാലങ്ങളിലായിരുന്നു മൗസൂലത്തൻ ആ കണ്ണി ചെറുക്കപ്പെട്ടതായിരുന്നു അതിന്റെ അറുപാവികൾ ഹയാക്കുള്ളത് കൊണ്ട് മർത്തമിത്തൻ അത് പരസ്പരം ഒന്നും അറ്റൊന്നിനോട് ബന്ധപ്പെട്ടതായിരുന്നു മിറ്റാ ഹസീൻ അന്ന് നല്ല കോട്ടം ഒന്നും വരാത്ത രീതിയിൽ പക്ഷെ കുമ്മൻ തളം പിന്നെ കന്നി മുറിഞ്ഞു പോയി വങ്കക്കാറ്റ് എങ്ങനെ അറുബാബി ഹാ അതിനെ അറബാദ് വെച്ച് നോക്കുകൊണ്ട് വങ്കക്കായ് മവാദ് മവാബും പോയി പോയി മവാബേതാ കൽവത്തിനീത്തരി കൊടുക്കരി അറബിയത്താക്കരി അതിന് മവാം വന്നിട്ടാണ് പരിശോധിക്കരുത് അതിന് മറുപടി പറഞ്ഞു കൊടുക്കലേ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതാ ചില പാടിയത് കമാക്കാർക്കാർ വന്നു പോലെ അങ്ങനെ തസം അത് മാറാവും താറ താറ തസം തത്തവത്തിന്റെ അനുകാരെല്ലാം പോയി തത്തവന്തായി ധരിയാ തീറത്തുണിയായി മാറിയത് പറയാ ചെറുപ്പത്തിൽ കൊടുത്തിട്ടില്ല ഞാൻ ധരിക്കാനാണില്ല സാറത്തസമിക്കുമത്തൻ സഞ്ചാതത്തം മൂതം വക്കാൻ സൂഫിയാക്കല കയ്യിലുള്ള ആസാറുകൾ മാത്രം ബാക്കി ഞാൻ സൂചിപ്പിക്കുന്നു ചൂറ തുണി ഉണ്ട് വെറുക്കന്റെ പിന്നെ ഉവർത്താനുള്ള വെള്ളം സഞ്ചാത ഉണ്ട് മുതമ്പക്ക നല്ല ചമി ചെണ്ടല് മുടിപ്പിച്ച മുതമ്പക്കാ മുനക്കശത്തൻ മുതയിനത്തൻ ചണ്ടൽ മുടിപ്പിച്ച് തസ്സിമലക്കലുണ്ട് ജോലി ചണ്ടല്ല നല്ല ഒട്ടായി കൊണ്ടല്ലേ ചെല്ലില് സാധാരണ എന്തെങ്കിലും ഒത്തിരി പോലെ തസ്മീഹാരിയായിട്ട് മാറിയിട്ടുണ്ട് തവാദിതും മജിത് പ്രകടിപ്പിക്കലി മിൻതക്കാന്നുപോലെ സംസാരങ്ങളും മാത്രം അറ്റീകത്തില്ലാത്ത കൊറേ ആധാറുകൾ ബാക്കിയായി കദബതക നഫ്സുക ലൈസരീ സനൽ തരീഖൻ മൻഹിക നിന്റെ നഫ്സ് നിന്നെ കളവാക്കും അതോ ഇതൊന്നല്ല അല്ലാഹുനെ കൊണ്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ചേർക്കുന്ന തരീഖിന്റെ പോകി ഇതൊന്നല്ല എന്ന് നഫ്സ് നിന്നെ കളവാക്കും ഓമനസാജി ഇതൊന്നല്ല ശരിയല്ല എന്ന് വിളിച്ചുപറയേ ജൻദാനു കിതാബിന്റെ പേര് ുന്നു അലങ്കി തായി അഹരി മുറിഞ്ഞുപോയ കാണാൻ വേണ്ടി വൻ ആദ ആണോ എന്നിട്ട് അവരെ വിളിക്കുക ഇവിടെ ഹാദരില്ല അവരെല്ലാം പോയി പോയാളല്ലേ വിളിക്കലേ ആ വൈകാണു വായു ബീന അവരുടെ വായുബീനാണെങ്കിലും ശരി അതാദത്തം ഇത്തഹസ്തീ തഹസർ വെളിപ്പെടുത്തൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി فَكَأَنَّهُ يَكُولِ يَا أَتَقَى يَا أَوْلِيَا اللَّهُ هذا يقفية الوصول الذي يعني ذلك يَا أَوْلِيَا اللَّهُ على, على انتلاع بطريق حبلها على انقطاع طريقكم بعد بصلها وصل لشاشاً أكاير مبنوياً وانضغاتها بعد ظهورها ظهور لشاشاً وضمون درساد ويكون جيدون ആദ്യത്തെ കിട്ടാ തുടക്കത്തില്ല ഇത് പോയി പോയല്ലോ എന്ന് കണ്ട് മൂപ്പർ ദുഃഖം ഓർമ്മിച്ചൊന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നോക്കി നോക്കണം ഇതെല്ലാം അവരെ കണ്ടുകിട്ടാനും അവരോടൊപ്പം മക്കാമാനെല്ലാം പങ്കെടുക്കാനും പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മൂപ്പറൻ്റെ വലിയ فقالا لو أبصر الشخص اللباب العاقل لم يعتقل عن هذه المعاقل عاقل نتكولا تمنى لبعض هذا قابل جديد قلت لبعض لبعض شخص قدر من جل هذا قدر من جل هذا ما قال ماذا؟ هذا ما قال ماذا؟ هذا ما قال ماذا؟ ം ഞാത്തക്കിൽ ആ കണ്ട മനുഷ്യൻ കുടുങ്ങുകയില്ലായിരുന്നു അന്നാവിൽ മഴക്കിൽ ഈ മഴക്കിലിപ്പം കുടുങ്ങി എന്തെല്ലോ രുഞ്ാവും കുറയാ എന്തെല്ലോ ചെറുമാറാപ്പതാ ഇതിലൊന്നും കുടിക്കഴിയും കാര്യം പൊട്ടിച്ചു തും അപ്പുറത്തേക്ക് ഉപയോഗിയുമായിരുന്നു പറയും ഏറ്റുക്കാലി ലം ഞാത്തക്കിൻ്റെ ഏറ്റുക്കാലി കുടുങ്ങിക്കിടക്കുക ചെയ്യപ്പെടുക അതിൽ നിന്നാണ് എക്കാരു ഈ റൊട്ടകത്തിന് കെട്ടുന്ന കാര്യീ ഇക്കാലിന് പേര് വന്നത് വൻ മഹാകിൽ എന്ന് പറയുന്നത് അൽ ഹാരിൽ കുതിര ഗണന്ത കെട്ടിയിടാനുള്ള മേച്ചിൽ തലത്തിനാണെന്ന് പറയുന്നത് മഹാക്കിൽ എന്ന് പറയുന്നത് അതിനകത്ത് ആ മേയാടിയാ കെട്ടിടുന്നു വല എക്കോ ഇല്ല ഹിസ്ബൻ അത് പച്ചപിടിച്ചതായിട്ടോട് ഒന്നലെ തുന്നങ്ങയുന്നു കാരണവധി തോട്ടം പോലെ തോന്നിരി പച്ചപിടിച്ചിട്ട് തിന്നാൻ പറ്റുന്ന സാധാരണയെ അയ്യപ്പ പേര് പറയൂ എപ്പോൾ സമ്യംപാറു അനു ലവ് ആക്കിലു നോനിസൈറത്തിന്റെ നൂറ് കൊണ്ട് ആക്കി കണ്ടിരുന്നുവെങ്കിൽ അവൻ നോക്കുകയെങ്കിൽ നിസ്സൃഹത്തിനാല്മാവത്താന കൊടുത്ത സുഖങ്ങളാലും അത് തന്നിരുന്നുവെങ്കിൽ അന ലൗ ബാബു ലം ഞാൽ ീസ് അൻഹാരി അപ്പൊ ഹാരി ആഗ്രഹം ഉദ്ദേശിച്ച തോട്ടമോക്കണം എന്താ അനുഷ്ടാക്കന്മാർക്ക് പച്ചപിടിച്ച് തോട്ടം ഇട്ടുണ്ടോ ആ തോട്ടം എന്ന് വെച്ചിട്ടാണ് അന്വേഷിക്കുന്നത് അൻഹാരി ഹി ത്തി തോട്ടത്തിൽ മെയ്യുന്നല്ലേ പറഞ്ഞ ആ റിയാവിനെ തൊട്ടും ആരി പോലെ തോട്ടങ്ങളിൽ ഉല്ലാസം കൊണ്ട് ആരി ഉല്ലാസം കൊണ്ട തോട്ടങ്ങളെ തൊട്ടും അവർ എന്താ മറ്റൊന്നുകൊണ്ട് തന്നുകൊടുമില്ലായിരുന്നു വലഞ്ഞാത്തില്ലാത്തൊണ്ട് أو قدت قدريا إلا يدنو وله هو تلك الفانية التي لا بقا لها أفيش باللاته فاديناه صحوات قومهم وأنذر نور إلا يدنو أن الله ترىت إن ما عيناهم ثنين هم ذراهم ما كانوا يوعدون ما غير أن ما كانوا يماتون لما هو അപ്പൊ ഐറ്റ നിങ്ങൾ കണ്ടില്ലേ കുറേ ലോകത്തിനെ സൂചിപ്പിച്ചു കുഞ്ഞാവിന്റെ എന്നാൽ എന്താക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം ഉണ്ടല്ല പതിനാഞ്ച ദിവസം അത് വേറെ പൂര അപ്പോൾ ഇത്തരം കാലം പ്രത്യേക തികച്ച് ഈ കാര്യങ്ങളൊന്നും ഓർത്തിയാതെങ്ങനെയും വരുത്തിയിട്ടില്ല ആരവി തമ്പിയിൽ പറഞ്ഞോ ം താളംപറിയോറും ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഉറക്കുന്നു കാണുന്നു സ്വപ്നം പറയുന്നു ഉറക്ക നല്ല നല്ല നല്ല സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്നു അതിനിങ്ങനെ സുവിക്കുന്നുണ്ട് പൊതിയെടുക്കുന്നുണ്ട് എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കാൽ അതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് വെച്ചാലേ ഞാൻ കണ്ടു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു അതൊന്ന് പൂർത്തിയാക്കി വരാൻ പറഞ്ഞത് പോലില്ല അപ്പോയില്ലേ എന്ന് പറഞ്ഞ മാതിരി കണ്ടോ കൊടുക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് അസുഖാനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കുന്ന പൂർത്തിയാക്കിക്കട്ടെ എന്ന് വരാൻ ഒന്നൂല്ല മുമ്പ് വെറ്റിയ വിധാനവായ്മൂറത്ത് തിബാഹില്ലാത്ത എലയ ആ ഉമൂറിലേക്ക് ജനങ്ങളുടെ മനസ്സുണ്ടായി പ്രകൃതി അവിടെ പെരിഞ്ഞു പോകാം എത്തരത്തിൽ വഹിയ ഈ ഒമൂറും മഹിമയത്ത് യും അസാലിബിയും ഇവരുടെ എല്ലാ മസാലിവിനെയും പൂർത്തേക്ക് കൂടൂല്ല മറ്റൊരാള് അയാൾക്കെന്താ ഗുൾക്കാരെ കുഞ്ഞാവിന്റെ ഹെർസം കൂട്ട് കൊടുത്ത് മുഴുവൻ ഉണ്ടായാലും അയാളെ ഹെൽത്തിന്റെ അവക്കാൻ മാത്രം ഉണ്ടാവില്ല നിശ്ചയമുണ്ട ബാക്കി എന്താരും കൂടെ ഹെർത്തുകൂരിണ്ടാവില്ലെന്ന് പറഞ്ഞു അയാൾക്കെന്താ ആൾക്കാരെ കുഞ്ഞാവിന്റെ ഹിരുസം കൊടുത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഉത്യേകിച്ചും കൊടുത്താലും കോടിക്കെന്താകില്ല അതിന്റെ രസ് മാറില്ല ബാധകട് തൊടുക്കും അതിന് ദിവസം പിടിക്കുകയും ചെയ്യും ഇവന്റെ ആറ്റാ മാത്രം ഇതൊന്നും മതിയാവില്ല അപ്പൊ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഇതിന് മുടിപൊടി കൂടിയാൽ പിന്നെ ഇതിന്റെ അവസ്ഥ പിന്നെ അടിമുടി കൂടണ്ടേ ഉറപ്പും മാത്രം ഇണ്ടാക്കണ്ടേ എന്താ നെയ്യല്ല അത് നെയ്യക്കുമാണ് വളരെ കുറഞ്ഞതുമാണ് നെയ് കഴിഞ്ഞു പോയേം ചെയ്യും ഇപ്പം നിങ്ങൾ തൂലാത്തൊരു വേ പോയിട്ട് കുറച്ചേ ഉള്ളു ഇപ്പൊ കിട്ടൂല അപ്പൊ നീക്കുമായി കിന്ത അതി കഴിഞ്ഞ് പോക്കിന്റെ തരാതോഹ അവർ പൊടിപൊടി കോരി അവരുടെ ഇടയിൽ ആയി അവർ ആയിച്ചായി മണെ ഗുർത്തായി മാറാൻ തുടങ്ങി ഓക്കെ ഓനെ കണ്ടുടാ പൊട്ടി പിടിച്ചതിന് അടിയായി കുഴപ്പായി ബസ്സിൽ എത്തിയിട്ട് കൊണ്ടല്ലേ ബസ്സിലെ തീയതി യാത്രക്കാർക്ക് തിരിച്ചും മതിയാവില്ല എന്ന് കാണുമ്പോഴെ തെക്കും തിരക്കും കൂട്ടും അപ്പൊ ആദ്യം കയറി എന്നോട് മറ്റൊരു കയറി ചെയ്യുന്നില്ല വലിയ കയറി എനിക്കും അഹാദിം അവിടെ അഹ് കൊല്ലിയത്തിന്റെ മീൻ അവർ എത്തിയിട്ടും ഇല്ല അറ അന്നി ലോന അന്നീഹ ും ഉന്നതത്തിന് ഞാൻ കാണുന്നു ദുന്യാവിനെ നോക്കി യാതൊരു മടിപ്പും കാണുന്നില്ല എത്ര കുഞ്ഞകൃത്യാലും വിളിച്ചിട്ടില്ല എത്ര ഒപ്പം അല അന്നവും അവര് സിഹാ ദുന്യാവിൽ റുറാത്തു വസ്ത്രമില്ലാത്തമ്മനാണ് വജും ഉൻ വശന്ന് ജായി ബാക്കിയെ കുക്ക എന്ന് പറഞ്ഞ ജായി ജിമു ജും അത് കലിയിലാണെങ്കിലും അതൊരു മേഘം പോലെയാണ് എപ്പോഴുള്ള മേഘം സൈഫ് കാലത്തുള്ളത് കർക്കിടമാർക്ക് ഏകണ്ടെങ്കിൽ ഞങ്ങൾ മഴ കഴിച്ചിട്ടെങ്കിലും പോകും മറ്റേ ചൂടുകാട്ടല്ല മേഘോ അങ്ങോട്ട് പോകേണ്ടി വരും ആ കരീബിൻ എത്രയും വേഗത്തിൽ തകർന്ന തങ്ങൾ തപ്പാറ പോകുന്നു ആ ചിന്തി പോയി പിന്നെ ആകാശം കഴിഞ്ഞു തത്ത കഷാവുന്നുണ്ടാവുന്നു അനന്ത മഴ سحر ربي الله انه بيقولو للعقلي اكلن اند ال فيسم 1000 بيرو